ചാടുന്ന കണ്ടില്ലേ ആളുകൾക്ക് ജീവനിൽ കൊതി വന്നാൽ ചാടെന്നുള്ള കാര്യത്തിൽ സംശയം ഇല്ല ഞാനൊരിക്കലും ബാംഗ്ലൂരിൽ വെച്ചിട്ട് ഇത് അനുഭവപ്പെട്ടതാണ് ബാംഗ്ലൂർ നിങ്ങളോട് വരരുതായിരുന്നു അപ്പൊ ഇവരുടെ കിങ് ഫിഷറിന്റെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ് കഷ്ടകാലത്തിന് ഒരു പട്ടി ക്രോസ് ചെയ്തു റൺവേ പൈലറ്റിന്റെ സെൻസ് പോയി നേരെ ട്രാക്ക് അയാൾ വയലിലേക്ക് അവിടുത്തെ ഗ്രൗണ്ടിലേക്ക് എടുക്കുന്നത് അപ്പോഴേക്കും ഭയങ്കര ഫയർഫോഴ്സിന്റെ ശബ്ദം എമർജൻസി എല്ലാം തുറന്നു വാതിലുകളൊക്കെ തുറന്നു അപ്പൊ അവര് പറയുന്നുണ്ട് ഫ്ലൈറ്റ് കൺട്രോളിലാണ് ഡോൺ ബറി എന്നൊക്കെ പറഞ്ഞ അവർ അനൗൺസ് ചെയ്യുന്നുണ്ട് കത്തിയിട്ടില്ല പിടിച്ചിട്ടില്ല എന്ന് ആൾക്കാർക്ക് ക്ഷമ ഇല്ല ചാടലും കഴിഞ്ഞു ഒരു നാലഞ്ചെണ്ണത്തിന്റെ കാല കൊടിഞ്ഞു അതൊന്നും പറ്റിയില്ല എന്നാലും മനുഷ്യന് എന്തെങ്കിലും സംഭവിക്കോ എന്നുള്ളത് എന്നാ കർഷകാലം അതല്ല ഒരുത്തൻ ചാടിയിട്ട് മറ്റവൻ അയാളുടെ മേലാ ചാടുന്നതേ അയാളുടെ ഒരു ഗതി കേട് നോക്കു എണീറ്റ് പോവാൻ ഇവന് ക്ഷമയില്ല കാരണം ഇവന്റെ ജീവൻ രക്ഷിക്കണം അങ്ങനെയൊക്കെയുള്ള ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെ നമ്മൾ കാണാറില്ലേ അപ്പൊ ഈ ചാടാനൊക്കെയുള്ള ശക്തി ഇവിടുന്ന് വന്നു എല്ലാവരുടെ ഉള്ളിലും അന്തർലീനമായിരിക്കുന്ന ശക്തിയാണ് പക്ഷെ നമ്മൾ അതിനെ ഉപയോഗിക്കാതെ ഉപയോഗിക്കാതെ ഉപയോഗിക്കാതെ അങ്ങനെ ജീവിതം കൊണ്ടുതാകണം അതുകൊണ്ട് ഇനി പറയുകയാണ് ീതനഞ്ജയാ മയി സർവമിതം പ്രോതം സൂത്രേ മണികണ ഇവ മത്ത പരതരം നാന്യത് ഭഗവാൻ പറയണോ മത്തനേക്കാൾ ഭഗവാൻ എന്താ വെജിറ്റബിളിന്റെ പേര് പറയണോ മത്തപ്പരതരം നാന്യത് മത്തനേക്കാൾ അന്യമായിട്ട് നല്ലതൊന്നും ഇല്ല എന്താണോ പറയുന്നത് മത്തനാണോ പറയുന്നത് മത്താന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന് മത് എന്നിൽ നിന്ന് അന്യത് ശക്തിയുള്ള ഏറ്റവും ശക്തിയുള്ളത് എന്നിൽ നിന്ന് അന്യമായി ബാക്കിയുള്ളവർക്കൊക്കെ ശക്തി കിട്ടുന്നത് ഞാനുള്ളത് കൊണ്ടാണ് സൂര്യന്റെ ഊർജമാണ് ചെടികളും എല്ലാം വലിച്ചെടുക്കുന്നത് ഇതുപോലെ എന്റെ ഊർജമാണ് ഈ എട്ട് പ്രകൃതിയും വലിച്ചെടുക്കുന്നത് മത്ത പരതരം നാനിൽ കിഞ്ചിതസ്ത്യധനം ചെയ്യ മൈ സർവമിതം പ്രോധം സൂത്രേ മണികണ നല്ല ഉദാഹരണമാണ് ഈ ശ്ലോകം മറക്കരുത് ഈ ശ്ലോകം നമ്മുടെ മനസ്സിൽ ഓർത്തുവെച്ചോളാം സൂത്രേ മണികണ എന്താ അർത്ഥം സൂത്രം എന്ന് പറഞ്ഞാൽ ത്രെഡ് മണികണ ഇവ അതിൽ കോർത്തിരിക്കുന്ന മണികൾ അപ്പോ ഞാനാകുന്ന നൂലിൽ കോർത്തിരിക്കുന്ന മണികൾ ഒരു പൂവിൽ ഒരു മാലയിലേക്ക് നോക്കിക്കഴിഞ്ഞാല് ഇവിടെ ഇല്ല മാലയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പൂക്കൾക്ക് വ്യത്യസ്തത ഉണ്ടാകാം നിറത്തിന് വ്യത്യസ്തത ഉണ്ടാകാം അതിന്റെ സ്മെല് പക്ഷേ എല്ലാറ്റിലും കോർത്തിരിക്കുന്ന നൂല് ഒന്ന് തന്നെയാണ് ആ നൂല് കാണണമെങ്കിൽ നമ്മളൊന്ന് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കേണ്ടതിട്ട് ഇതുപോലെ നമ്മളെയൊക്കെ നൂല് െയാണ് വളരെ ശ്രദ്ധിക്കണി പറയുന്നതൊക്കെ നോക്കൂ നമ്മൾ ശ്വസിക്കുന്ന വായു എല്ലാവരും ഒന്ന് തന്നെയല്ലേ നല്ല വ്യത്യാസമുണ്ടോ അപ്പൊ വായുവിന് എത്ര ശക്തി ഉണ്ടോ അത്ര ശക്തി നമുക്കുണ്ടാവേണ്ടതല്ലേ നമ്മുടെ വിജയം അപ്പൊ ആ വായുവിനെ ഉള്ളിലേക്ക് എത്തിക്കുന്ന ശക്തിയും എല്ലാവരിലും ഒന്നല്ലേ അപ്പൊ നമ്മൾ ഈ ശക്തിക്ക് കുറേ ഉണ്ടാവാൻ പാടുമോ പിന്നെ നമ്മളൊക്കെ തളർന്നു എന്തുകൊണ്ട് നമ്മളൊക്കെ തളർന്നു ശക്തി കുറവുള്ളതുകൊണ്ടാണോ ആ മനസ്സുകൊണ്ട് അതിനെ അറിയുന്നില്ല ഈ ശക്തി വലിച്ചെടുക്കാനുള്ള ഉപകരണമാണ് ഏത് ഈ ചിന്തകൾ എന്ന് പറയുന്നത് അതിനെ നമ്മള് ഭഗവാനിലേക്ക് തിരിക്കാത്തടത്തോളം കാലം ആ ശക്തി ഉണ്ടായിട്ടും കാര്യം ഇപ്പൊ എന്നിൽ നിന്ന് അന്യമായി ഇവിടെ ഒന്നുമില്ല എന്നിലാണ് എല്ലാം കുറത്തിരിക്കുന്നത് ഞാൻ ഉള്ളതുകൊണ്ടാണ് ഇതിനൊക്കെ ശക്തി കിട്ടുന്നത് ഞാനൊരു നൂലുപോലെ എല്ലാറ്റിനെയും ിച്ചിരിക്ക അപ്പൊ ഇതൊക്കെ നമ്മൾ മറക്കാൻ പാടു ഇനി ഒരു പൂവിന്റെ പിന്നിലുള്ള നൂലിന് ഒരു പക്ഷെ കുറച്ച് പ്രായമുള്ള പൂവാണെന്ന് നേരിടുക എത്ര ശക്തി ഉണ്ടോ അത്രയും ശക്തി പുതിയൊരു പൂവിന്റെ പിന്നിലുള്ള നൂലിലും നൂലെല്ലാവരിലും ഒന്ന് തന്നെ അതുപോലെ ഒരു ചെറുപ്പക്കാരിൽ എത്ര ശക്തിയുണ്ടോ അത്രയും ശക്തി തൊണ്ണൂറ്റൊമ്പത് വയസ്സായ പക്ഷെ നമുക്കതൊന്ന് കാണാൻ പറ്റുമോ ശരീരമാണോ അയാളെ തളർത്തുന്നത് ശരീരമാണ് തളർത്തുന്നതെങ്കിൽ പ്രായമുള്ള എല്ലാവരും തളർന്നിരിക്കേണ്ടതല്ലേ എന്നാൽ മനസ്സിനെ ഉയർത്തിയ എത്രയോ മഹാത്മാക്കള് ഒരു പ്രായമായിട്ടും അവരൊന്നും തളർന്നിട്ടില്ല അപ്പൊ അവരുടെ ശരീരമല്ലോ അവരെ തളർത്തിയത് അവരുടെ വിചാരങ്ങളാണ് അവരുടെ ചിന്തകളാണ് ആ ചിന്തകളെ നമ്മള് ആരിലേക്ക് എന്നെ നയിപ്പിക്കണം ശശിക്കാത്ത ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പിക്കണം ഇനി ഭഗവാൻ പറയുന്നു രസോഹമപ്സുഗൗതേയ സൂര്യോ പ്രണവ സർവേദേഷ ശബ്ദക്കേ പൗരുഷന്ദ്ര ഇതൊക്കെ വളരെ വളരെ സയന്റിഫിക്കാണ് ഞാൻ വെള്ളത്തിന്റെ രസമാണ് എന്ന് ഭഗവാൻ പറയുമ്പോൾ ഞാൻ നിങ്ങളോട് ഇന്നലെ പറയണ്ടായി ഏത് ജീവനും വികസിക്കണമെങ്കിൽ വീരമായിരുന്നു വെള്ളം ഒരു മുട്ടയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിലും വെള്ളമാണ് ഒരു വിത്തിന് മുളച്ചു വരണമെങ്കിൽ ബാക്ടീരിയകൾക്കും ഫംഗസിനൊക്കെ ജനിക്കണമെങ്കിൽ ഈർപ്പം വേണം ഏത് ജീവജാലത്തിനും വികസിക്കണമെങ്കിൽ അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പുഴുക്കളും അണുക്കളും വൃക്ഷങ്ങളും മുട്ടയിൽ വിരിഞ്ഞ പക്ഷികളും മനുഷ്യനും എല്ലാം ആരംഭത്തിൽ ഒരു സ്ഥലത്ത് തന്നെയിരുന്നു എല്ലാവരുടെയും ഉറവിടം ഒന്നാണ് നമ്മൾ പല രൂപങ്ങളിൽ വന്നു എന്ന് മാത്രം അല്ലേ ആരംഭം എല്ലാവർക്കും ഒന്ന് തന്നെയാണ് ഇപ്പൊ വാസ്തവത്തിൽ എല്ലാവരും പുറകോട്ട് പുറകോട്ട് പോകുമ്പോ ഒരു സത്യത്തിലാണ് എത്തിച്ചേരുന്നതെങ്കിൽ ഒരു പരമാർത്ഥത്തിലാണ് എത്തിച്ചേരുന്നതെങ്കിൽ ശ്രദ്ധിങ്ങനെ ഞാൻ പറയുന്നത് ഇവിടെ എല്ലാവരും ഒന്ന് തന്നെ ആ സത്യത്തിന് ഈശ്വരനാണെന്ന് വിളിക്കുകയാണെങ്കിൽ ആ ഈശ്വരനല്ലാതെ മനസ്സിലാവുന്നുണ്ടല്ലോ എല്ലാം ഈശ്വരൻ തന്നെയാണ് ഇത് നമ്മൾ മനസ്സിലാക്കിയുകൊണ്ട് നമുക്ക് എന്തായാലും ഗുണമുള്ളത് എല്ലാം ഈശ്വരൻ തന്നെയെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് എന്തായാലും ഗുണമുള്ളത് നമ്മളിവിടെ ആരെക്കുറിച്ചും ഇരുന്ന് ദുഃഖിക്കേണ്ട നിങ്ങൾ ദുഃഖിക്കാലും ദുഃഖിച്ചില്ലെങ്കിലും അവരുടെ മനസ്സിനെ അവരവർ തന്നെ ആ സത്യത്തിലേക്ക് എത്തിക്കണം കടലിൽ നിന്നും പുറപ്പെട്ട ഒരു തുള്ളിവെള്ളം ആ തുള്ളിവെള്ളം എവിടെയോ വീണ് പുഴയായി അത് വീണ്ടും കടലിലെത്തിച്ചേരും അത് കടലിലേക്ക് എത്തുന്നതിന്റെ വഴിയിൽ മറ്റൊരു തുള്ളിവെള്ളം ആ തുള്ളി വെള്ളത്തെക്കുറിച്ച് ചിന്തിച്ച് കരയുകയാണ് അവന്റെ ഗതി എന്താണ് ഒരു തുള്ളി വെള്ളം മറ്റൊരു തുള്ളി വെള്ളത്തെക്കുറിച്ച് ചിന്തിച്ച് കരയാണ് അവന്റെ ഗതി എന്താണ് അപ്പൊ അവൻ എന്തായിരിക്കും അവനോട് പറയാ എന്റെ ഗതി വിട്ടോളൂ എന്റെ ഗതി നീ നോക്കിയാൽ മതി എന്നല്ലേ പറയാ ഇതെന്നെയല്ലേ മക്കൾ നിങ്ങളോടും പറയുന്നത് മനസ്സിലായില്ല എന്താ അവര് നിങ്ങളോട് പറയണത് ഞങ്ങളുടെ കാര്യം നിങ്ങൾ വിട്ടോളൂ നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കൂ എന്ന് നമുക്ക് ആ ബോധം വരുന്നുണ്ടോ ഇത് തന്നെയല്ലേ നമ്മൾ ചെയ്യുന്ന വ്യക്തിത്വം എല്ലാ തുളിവെള്ളങ്ങളും അവസാനം എത്തേണ്ടത് കടലിലേക്ക് തന്നെയാണ് അപ്പൊ ഈ ബോധമൊക്കെ നമുക്കുണ്ടെങ്കിൽ നമ്മൾ വെറുതെ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ച് സമയം കളയരുത് ഇനിയിപ്പോ എന്റെ മകന്റെ ജീവിതം എന്തായിരിക്കും സ്വാമി ഞാൻ മരിച്ചു പോയാൽ അയാളുടെ ഗതി എന്തായിരിക്കും ഒരമ്മ എന്റെ അടുത്ത് വന്ന് ചോദിച്ചത് ഭർത്താവ് മരിച്ചിട്ട് ഇരുപത് ജന്മ സ്വാമി അയാൾക്ക് പുനർജന്മം കിട്ടിയിട്ടുണ്ടാവും എന്നാൽ പ്രതികാരം കാണിക്കാൻ വരുന്നുണ്ട് അടുത്ത് ഇവർക്ക് അത് അറിയാൻ ഇതാ വലിയ ടെൻഷൻ അയാൾക്ക് പുനർജന്മം കിട്ടിയിട്ടുണ്ടാകും എന്തിനാ നിങ്ങൾക്ക് ഇത്ര അറിയേണ്ട ആവശ്യമില്ല അല്ല ഇനി പിണ്ടം വെക്കണമെന്ന് അറിയാൻ വേണ്ടിട്ടാകുന്നു ആവണ കാലത്തെ മര്യാദയ്ക്ക് പിണ്ടം കൊടുത്തിട്ടില്ല ഇനി പറയുന്ന ചർത്തുകഴിഞ്ഞാൽ പിണ്ഡം കൊടുക്കും മനുഷ്യൻ്റെ ഓരോരോ ചിന്തകൾ പോയിരിക്കണത് അയാൾ എന്ത് തിരിച്ചു വരും എന്നുള്ളത് നിങ്ങൾക്ക് ഭർത്താവായിട്ട് ആളിനി തിരിച്ചു വരണം വേണ്ടേ സമയം വേണ്ട വേണ്ട വേണ്ട വേണ്ട ഞെട്ടും വേണ്ടി തിരികാൻ വരുക ഈ അവസ്ഥയാണ് ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ നിങ്ങൾക്ക് കാണാം അവനവന്റെ കാര്യത്തെക്കുറിച്ച് അവർക്ക് ഒരു വിഷമമില്ല മരിച്ചുപോയ ഭർത്താവിന് ഇനി പുനർജന്മം എന്ന് കിട്ടും അവരിനി എങ്ങനെ തിരിച്ചു വരും ഒരു ക്രിസ്ത്യാനിയുടെ കഥ പറഞ്ഞതുപോലെയാണ് ഒരാൾ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചിട്ട് ഭയങ്കര പ്രശ്നം വീട്ടിൽ അമ്മായി അമ്മയും മരുമകളോ കണ്ണിൽ കണ്ടൂട് രണ്ടിന് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളോ പ്രയാസങ്ങളും അമ്മായി അമ്മ മരുമകളുടെ കുറ്റം പറയും ഇയാളാകപ്പെട്ടു ഒരു മകനേ ഉള്ളൂ അച്ഛൻ മരിക്കുകയും ചെയ്തു ഇപ്പൊ ഇയാൾക്ക് അമ്മയും വേണം ഭാര്യയും വേണം അമ്മയുടെ അടുത്തേക്ക് നോക്കിയാൽ അവള് വിളിക്കും ഇവിടെ പോയി ഭാര്യയുടെ അടുത്തേക്ക് ഇവിടെ വാങ്ങാൻ നോക്കുക ഇയാളുണ്ടല്ലോ പാലാഴി മതനത്തിലെ മന്ദരവർമ്മസഭവൊക്കെ വരികയാണ് ഭാര്യ കാണാതെ അമ്മയുടെ അടുത്ത് പോകണം അമ്മ കാണാതെ ഭാര്യയുടെ അടുത്ത് പോകണം അങ്ങനെയൊക്കെ അയാൾ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അങ്ങനെ ഇവര് തമ്മിൽ വലിയ പ്രശ്നമുണ്ടായപ്പോഴത്തിന് സമാധാനമില്ല വീട്ടില് ശാന്തിയില്ല അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു നമുക്കൊരു കാര്യതയാവും നിങ്ങളെയൊക്കെ ഒന്ന് ഒന്ന് യോജിപ്പിക്കാൻ ഞാനൊരു വേൾഡ് ടൂർ ഓർഗനൈസ് ചെയ്യാൻ അടുത്തൊരുപാട് പൂത്ത കാശുണ്ട് ഇപ്പൊ ഇയാൾ അമേരിക്കയ്ക്ക് കൊണ്ടുപോകാന്ന് വിചാരിച്ചു ഭാര്യയും അമ്മയൊക്കെ അപ്പൊ അവിടേക്കൊന്ന് കറങ്ങി വൈറ്റ് ഹൗസ് കണ്ടാൽ ഇവരുടെ മനസ്സൊക്കെ ഒന്ന് വൈറ്റായാലോ അതുകൊണ്ടൊന്ന് കൊണ്ടുപോകാൻ വിചാരിച്ചു കൊണ്ടുപോയി ഇവരെ രണ്ടിനും ദേഹത്തിന്റെ ഒരു കഷ്ണകാലം നോക്കണം അപ്പുറ അപ്പുറത്തെ സീറ്റിലിരിക്കാൻ പറ്റില്ല ഇപ്പുറത്തെ സീറ്റിലിരിക്കാൻ പറ്റില്ല കാരണം അടുത്ത വേറെ ഏതെങ്കിലും ഇരിക്കുക നടുക്ക് തന്നെ ഇരിക്കണം അപ്പൊ ഒരു കുത്ത അമ്മ കുത്തുമ്പം ഒരു കുത്തപ്പുറത്ത് ഭാര്യ ഇത് രണ്ടിനെയും അഡ്ജസ്റ്റ് ചെയ്ത് പറ്റില്ല എങ്ങനെയെങ്കിലൊക്കെ അമേരിക്കയിലൊക്കെ ടൂറ് കഴിഞ്ഞ് ഒരു മുറിയിൽ രണ്ടിനെയും കടത്താൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കോ രണ്ടോ അമ്മ അത് ചെയ്തു ഇമ്മത് ചെയ്തു അവസാനം ഇവര് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ജെറൂസലമിലെത്തിയുന്ന ഒരു കഥയുണ്ട് ജെറൂസലം എന്ന് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ജീസസിന്റെ പുനർത്തെഴുന്നേറ്റ സ്ഥലവും അങ്ങനെയൊക്കെയുള്ള സ്ഥലമാണ് അവിടെ എത്തിയവര് യാത്ര ഈ അമ്മയ്ക്ക് ഡോക്ടർ വന്ന പോലെ തന്നെ പനി പിടിച്ചു ലൂസ് മോഷനും പനിയും ഭക്ഷണമൊന്നും പിടിച്ചില്ല ആകെ പ്രശ്നം അവിടെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു എന്തിന് പറയണോ അമ്മയുടെ ഒരു സമയം നോക്കണം അവിടെ വെച്ച് മരിച്ചു പവിത്ര ഭൂമിയിൽ വെച്ച് അമ്മ മരിച്ചപ്പോ മകന് വലിയ സന്തോഷമായി ആദ്യമൊക്കെ വലിയ ദുഃഖമായിരുന്നെങ്കിലും വിഷ്മ എന്നാലും അമ്മ ജീസസ് മരിച്ച സ്ഥലത്തല്ലേ അദ്ദേഹത്തിന് ക്രൂസിഫൈ ചെയ്ത സ്ഥലത്തല്ലേ മരിച്ചത് അമ്മയ്ക്ക് അതിനുള്ള സുഹൃതം ഉണ്ടായിരുന്നു ഇത്രയും കാലം പള്ളിയിൽ പോയതിന്റെ ഒരു ഫലം ഉണ്ടായിരിക്കും അപ്പൊ അവിടുത്തെ പള്ളിയിലെ അളി അധികാരികളെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ അമ്മയൊന്ന് അടക്കം ചെയ്യാൻ പറ്റുമോ ഇത് കേട്ടതും ഭാര്യ നെഞ്ചത്തടിച്ച് കരയുന്നുണ്ട് എന്റെ അമ്മയെ ഇവിടെ അടക്കം ചെയ്യരുത് ഞാൻ അമ്മയോട് കാണിച്ചിരിക്കുന്ന എല്ലാ തെറ്റിനും എനിക്ക് ദിവസവും അമ്മയുടെ ശവക്കല്ലറയിൽ വന്ന് മാപ്പ് പറയണം അതുകൊണ്ട് നാട്ടിൽ തന്നെ കൊണ്ടുപോയി അമ്മയെ ശവം അടക്കം ചെയ്യണം നമ്മളെ വീടിന്റെ അടുത്തുള്ള പള്ളിയിൽ കൊണ്ടുപോയി അടക്കം ചെയ്താൽ മതി എന്തായാലും ഇവിടെ അടക്കം ചെയ്യേണ്ട എന്റെ വള ഊരിത്തരാം ആലൂരിത്തരാം മധൂരിത്തരാം കാരണം അത് വിറ്റിട്ടെങ്കിലും കാശെടുത്തിട്ട് പ്ലെയിനിൽ നമുക്ക് ബോഡി കൊണ്ടുപോകണം ഇതൊക്കെ കേട്ടാൽ ഭർത്താവ് ചോദിച്ച് ഇത്രയും കാലം നീ ആ അമ്മയെ ഉപദ്രവിച്ചിട്ട് ഇപ്പൊ നിനക്കെന്താ ഇത്ര സ്നേഹം വരുന്നത് അതൊക്കെ ഞാൻ എനിക്കറിയാം എന്റെ ഹൃദയത്തിൽ അമ്മയോട് സ്നേഹം കൊണ്ടുപോകണം ബോഡി ഏതായാലും ഇവിടെ വാശി പിടിച്ച് കൊണ്ടുപോയി നാട്ടിലേക്ക് കുറെ കാശൊക്കെ ചെലവഴിച്ച് നാട്ടിലുള്ള പള്ളിയിൽ അവിടെ കൊണ്ടുവച്ചു അവിദ്ദേഹം ചോദിച്ചു നിനക്ക് എന്താ എന്റെ അമ്മയോട് ഇത്ര സ്നേഹം അപ്പൊ അദ്ദേഹം പറ അമ്മ സ്ത്രീ പറയുന്നു എന്തറിയോ എന്റെ മനുഷ്യ എങ്ങാനും അവരെ ആ ജെറൂസലമിലെ അടക്കി വെച്ചാൽ മൂന്നാമത്തെ ദിവസം ജീസസ് ഉണർത്തെഴുന്നേറ്റതുപോലെ മറ്റുള്ളവരെ കുറിച്ച് കൂടുതൽ ബോധർ ചെയ്തിട്ട് എന്താ നേടാൻ പോകുന്നു ചിന്തിക്കൂ നമ്മള് സരയില്ലേ നമ്മളെ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിച്ച സമയം വിശേക്കാരെ ചിലർക്കുണ്ടല്ലോ സമയം കിട്ടിക്കഴിഞ്ഞാൽ മകൻ അങ്ങനെയിരുന്നു മകൾ ഇങ്ങനെയായിരുന്നു അവരിങ്ങനെയാണ് ഇവരിങ്ങനെയാണ് ഭർത്താവ് നല്ല മനുഷ്യനാണ് പക്ഷെ ഉള്ളിലറിയാം എന്റെ വാസ്തവം ഇതൊക്കെ നമ്മൾ പറഞ്ഞ് സമയം കളഞ്ഞാൽ നമ്മുടെ ഉന്നതിക്കുള്ള സമയം നമ്മൾ നഷ്ടപ്പെടുത്തും ഒരാളെക്കുറിച്ച് ചിന്തിച്ചതുകൊണ്ട് ആ മനസ്സിനെ ഉയർത്താൻ ഒരാൾക്കും എല്ലാവരും വന്നിരിക്കുന്നത് ഒരു പരമസത്യത്തിൽ വാസ്തവത്തിൽ എല്ലാവരും ഈശ്വരീയമായ ശക്തി ഉള്ളവരെ ആർക്കും ഈശ്വരീയ ശക്തി ഇല്ലാത്തവരില്ല ഇത് നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് വേണ്ടി വഴിപാട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ നിങ്ങളൊരാൾക്ക് വേണ്ടി ഒരു പൂജയോ വഴിപാടോ ചെയ്തുകൊണ്ട് അയാളുടെ മനസ്സ് ഉയരാൻ പോകുന്നുണ്ടോ ഇതാണ് ഭാരതീയ ദർശനം നമുക്ക് നമ്മൾ ഈ അന്ധവിശ്വാസങ്ങളിൽ കുരുങ്ങുമുണ്ടല്ലോ നമ്മൾ വിചാരിക്കുക ദൈവം വിചാരിച്ചാൽ മറ്റൊരു മനസ്സിനെ ഉയർത്താൻ സാധിക്കും ദൈവമല്ല വിചാരിക്കുന്നത് വിചാരിക്കേണ്ടത് അല്ലെങ്കിൽ ഉദ്ധരേത് ആത്മാനാത്മാനെന്ന് കൃഷ്ണൻ പറയില്ല അപ്പൊ നമ്മൾ നമ്മുടെ മനസ്സിനെ നമ്മൾ ഉയർത്തിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിവുണ്ടാവും എല്ലാവരും വന്നിരിക്കുന്നത് ഈ ഒരു പരമസത്യം മനസ്സിലാക്കിയിട്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് എവ്രിതിങ് ഈസ് നത്തിംഗ് ബട്ട് എനർജി ഇൻ എല്ലാം ഊർജം തന്നെയാണ് എല്ലാം വന്നിരിക്കുന്നത് ഊർജ്ജത്തിൽ നിന്നാണ് എല്ലാം ഊർജം തന്നെയാണ് നിലനിൽക്കുന്നത് ഊർജ്ജം കൊണ്ടാണ് എല്ലാം വാസ്തവത്തിൽ ഊർജം തന്നെയെന്നാണ് അതാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം Is nothing but energy itself. Bhagavan Sri Krishna said, I have study everything from anyone's bladder 어디 and i mean skud. This slide i said to myself, Can I see everyone from another person I've collected a섯-feel lower than some man Genital sect. What happens with our call? ഭഗവത് ശക്തി ഉണ്ടാവണ്ടേ പക്ഷെ നമുക്കത് തോന്നുന്നുണ്ടോ അപ്പൊ ഭഗവത് ശക്തി ഉള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല അതിനെ അനുഭവിക്കാനുള്ള ഒരു ഏതുകൂടി വേണം അതിനനുഭവിക്കാനുള്ള ഉപകരണമാണ് മനസ്സെന്ന് പറയും ചിന്തകൾ ചിന്തകൾ ഒരു എന്താണ് കയറും ബക്കറ്റുമാണ് കെനറ്റിൽ വെള്ളമുണ്ട് ഉള്ളതുകൊണ്ട് കാര്യമില്ല അത് അനുഭവിക്കണമെങ്കിൽ ഒരു കയറും ഒരു ബക്കറ്റും വേണം ഇതുപോലെ നമ്മുടെ മനസ്സാകുന്ന ചിന്തകൾക്ക് മാത്രമേ ആരെ അനുഭവിക്കാൻ പറ്റുള്ളൂ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവത് ശക്തി അനുഭവിക്കാൻ പറ്റുള്ളൂ അതാണ് ഭഗവാൻ പറയുന്നത് പിന്നെ ഭഗവാൻ ഇങ്ങനെ ഓരോന്ന് വിസ്തരിച്ച് വിസ്തരിച്ച് ഭഗവാൻ പറയുന്നു അതുകൊണ്ട് എന്തുകൊണ്ട് മനസ്സിന് ഈ സത്യത്തെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുരത്യ േ പ്രപദ്യേ മാം തരന്തി ഭഗവാൻ പറയുന്നു ഗുണമയീ ഗുണമയീ പറഞ്ഞാൽ ഗുണത്താൽ നിറഞ്ഞിരിക്കുന്ന ഏതാണ് ഗുണം സത്തുഗുണം രജോ ഗുണം ഏതിൽ നിറഞ്ഞിരിക്കുന്നു ശരീരത്തിലല്ല നിറഞ്ഞിരിക്കുന്നത് മനസ്സിൽ അപ്പൊ മനസ്സിൽ മൂന്ന് ഗുണങ്ങളുണ്ട് സത്വഗുണവും രജോ ഗുണവും അപ്പൊ തമോ ഗുണവും രജോ ഗുണവും മനസ്സിനെ ഈശ്വരിൽ നിന്നും അകറ്റും സത്വഗുണം അടുപ്പിക്കും ഇതാണ് സത്യം അപ്പൊ രജോഗുണം എന്ന് പറഞ്ഞാൽ ക്രോധം തുടങ്ങിയിട്ടുള്ള വികാരങ്ങൾ തമോ എന്ന് പറഞ്ഞാൽ ആലസ്യം തുടങ്ങിയിട്ട് ഇതൊക്കെ ഭഗവാനിൽ നിന്നും അകറ്റിക്കും എന്നാൽ ഭഗവാൻ പറയുന്നു ദൈവീഹേഷാ ഈ മായയെ നമുക്ക് ജയിക്കുക എന്ന് പറയുന്നത് ഈ മനസ്സിനെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ദുരത്യാ വളരെ പ്രയാസകരമാണ് ദൈവത്തിനെ പിടിക്കണേക്കാളും കഷ്ടമാണ് ഏത് ഈ മനസ്സിനെ ഒന്ന് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് അതിനെങ്ങനെ സാധിക്കും മാമേവയെ പ്രപദ്യ ആരെ തന്നെ പ്രപദ്യന്തേ പ്രപദ്ധ്യ ആരിലേക്ക് തന്നെ എടുക്കണം മായാമേതാം തരന്തിതേ ആരെ തരണം ചെയ്യാം അപ്പൊ മായ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അടുത്ത വീട്ടിലെ ദാമോദരന്റെ ഭാര്യയോ മായ എന്ന് പറയുന്നത് മനസ്സിലെ വിചാരങ്ങളാണ് ഏത് വിചാരങ്ങള് ഭഗവാനിൽ നിന്നും അകറ്റുന്ന വിചാരങ്ങൾ രാമായണത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടുതരം മായയെക്കുറിച്ച് പറയും ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ലേ രാമായണ ആദ്യ ഭാഗത്തെ ലക്ഷ്മണോപദേശിച്ചൊക്കെ നോക്കുമ്പോൾ പറയും രണ്ടുതരമായി അവിദ്യമായും കേട്ടിട്ടുണ്ടോ അവിദ്യമായ അകറ്റും അതായത് സാത്വിക ഗുണം കൂടും തോറും നമ്മുടെ മനസ്സ് ആരിലേക്കെടുക്കും ഈ ധ്യാനമൊക്കെ ചെയ്യും തോറും നമ്മുടെ മനസ്സിൽ സത്വഗുണം വർദ്ധിക്കും സാധാരണ ഒരു മനുഷ്യന് സത്വഗുണം കുറയുമ്പോ അവന്റെ മനസ്സിൽ ഏത് ഗുണങ്ങൾ കൂടുതലായിരിക്കും തമോ ഗുണവും അതുകൊണ്ട് ഭഗവാൻ പറയുന്നു മാമയേവയെ േധം തരന്തിരെ ഇതൊക്കെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും എവറി ഹാസ് കോർട്ട് സൊല്യൂഷൻ ആണ് നിങ്ങൾ വിചാരിക്കുന്ന ഒന്നിൽ സ്ട്രക്കപ്പായി നിൽക്കരുത് അയ്യോ എനിക്കിനി പറ്റിയോ എന്റെ ജീവിതത്തിൽ നമ്മൾ കാത്തിരിക്കരുത് എല്ലാറ്റിനും ഒരു പരിഹാരമുണ്ട് എന്താ പരിഹാരം ആമേവയെ പ്രപദ്യ മാമേ ഏത് മാമയാണ് വിളിക്കേണ്ടത് ആം ഏവ െ തന്നെ മനസ്സിലായില്ലേ മാമയെ പിടിച്ചുകൊണ്ട് കാര്യമില്ല പോയിട്ട് പേടി മാമയെ പിടിച്ചിട്ട് പറയാം മാമയെ പിടിച്ചാൽ മായയെ തരണം ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നു ഗീതയിൽ എന്ന് പറഞ്ഞാൽ മാമയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റൂ അപ്പൊ അതുകൊണ്ട് എന്നെ തന്നെ എന്നിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചാൽ മായാമേതം തരന്തി ഗംഭീരാണ് നോക്കൂ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പൂർവികന്മാര് നമ്മളോട് പറയുന്നത് കുറച്ചു നിങ്ങളുടെ മനസ്സിനെ നിങ്ങളൊന്ന് പിന്നിലേക്ക് തിരിക്കും ക്രമേണ ക്രമേണ നമുക്ക് ആ സംസ്കാരം കൊണ്ടുവന്ന് ആരിലേക്ക് ഉയരാം ഈ പ്രായം കൂടുന്നതോറുമുണ്ടല്ലോ മനസ്സ് കൂടുതൽ കൂടുതൽ കൂടുതൽ ഭഗവാനോട് അടുക്കുന്നോറും ശക്തി കൂടിക്കൂടിക്കൂടി വരും ശരീരം തളർന്നാലും തനസ് തളർത്തുക അതല്ലേ വേണ്ടത് അതല്ലേ ഈ ഭൂമിയിൽ കടന്ന ഭീഷ്മ പിതാമകൻ പറഞ്ഞത് ശരീരം തളർന്നിട്ടും അദ്ദേഹത്തിന്റെ മനസ്സ് തളർന്നില്ലേ മഹാഭാരതത്തിലൊരു വല്ലാത്തൊരനുഭവമാണ് യുദ്ധം കഴിഞ്ഞ് വിജയിച്ച പാണ്ഡവര് തളർന്നു യുദ്ധത്തിലെല്ലാം നഷ്ടപ്പെട്ട് ശരീരം പോലും ശരശയിൽ വീണിട്ടും ശരിക്ക തളരേണ്ടത് ഭീഷ്മരാണ് അദ്ദേഹം തളർന്നില്ല ആര് തളർന്നു ജയിച്ചവൻ തളർന്നു തോറ്റവൻ തളർന്നില്ല സാധാരണ ജയിച്ചവനാണ് ഉന്നതി വേണ്ടത് അവര് തളർന്നില്ല അവര് തളർന്നു പറയാൻ എന്നിട്ട് വീണ്ടും അവിടെ നിൽക്കുന്നില്ല ആ തളർന്ന പാണ്ഡവരെ മനസ്സിനെ ഉയർത്താൻ തളർന്ന ഭീഷ്മര് വേണ്ടി അപ്പൊ ഭീഷ്മരുടെ ശരീരത്തിന്റെ പ്രശ്നങ്ങളൊന്നും കൗരവന്മാരുടെ നാശമൊന്നും അദ്ദേഹത്തിന്റെ മനസ്സിനൽപ്പം പോലും സ്പർശിച്ചിട്ടില്ല അദ്ദേഹം അതിൽ നിന്നൊക്കെ മനസ്സിന്റെ ശ്രദ്ധ അപ്പൊ ഈ ശ്രദ്ധ നമുക്ക് തിരിക്കാൻ സാധിച്ചാൽ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം നമുക്ക് കണ്ടെത്താം പറ്റുമോ മനസ്സിലാവുക നിങ്ങൾക്ക് എളുപ്പമാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും അഭ്യസിച്ച് അഭ്യസിച്ച് അഭ്യസിച്ച് അഭ്യസിച്ച് നമുക്ക് പരിശീലിച്ചെടുക്കണം ഒരാൾ വൈദ്യരെടുത്തിട്ട് വന്ന് ഡോക്ടർ വന്നുണ്ടല്ലോ വൈദ്യരോട് പറഞ്ഞു കുറച്ചു ദിവസമായി ഭയങ്കര വയറുവേദന സഹിക്കാൻ പറ്റുന്നില്ലയാണ് വൈദ്യൊന്ന് മാറ്റിത്തരുമെന്ന് വൈദ്യുരോട് മാറ്റിത്തരാ നീ കട്ടിലെ മോൾ മലർന്ന് കിടത്തു അയാൾ മലർന്ന് കിടന്നു കെട്ടിയ ചാൻസിൽ വൈദ്യുരിയാളുടെ കാലും കൈയും കട്ടിലിനോട് വെച്ച് കെട്ടി തിളകാൻ പറ്റാത്ത വിധത്തിന് എന്നിട്ട് ഇയാളുടെ ചെവിയിൽ പണ്ട് കമ്മൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഓട്ട കുത്തിയിരുന്നു അതിലൊരു നൂലുട്ട് അതും വലിച്ചു കെട്ടി കട്ടിലേക്ക് വൈദ്യുതി ചോദിച്ചെങ്കിൽ രണ്ട് വേദന ആണ് വയറുവേദന കുറഞ്ഞു വേദന ഒന്നു ഇത് ചെയ്യാം അപ്പൊ ആ ശ്രദ്ധ തിരിഞ്ഞതോടുകൂടി ഇത് ഒരു വേദന പോയി നമ്മൾ അതിൽ തന്നെ മനസ്സ് വയ്ക്കുമ്പോഴാണ് ആ വേദന നമുക്ക് ഉള്ളതുപോലെ തോന്നും ഇതുപോലെ ഒരു ആള് നാലാമത്തെ നിലയിൽ ജീവിക്കുകയാണ് ബോംബെയില് ഇവിടെ വന്നിട്ടില്ല കേട്ടോ അവര് രാത്രി പാതിരയ്ക്ക് ഡോക്ടർക്ക് ഫോൺ ചെയ്യണു ഭാര്യയും മക്കൾ എവിടെയോ പോയ സമയത്ത് കുരുക്ഷേത്രത്തിലെ എവിടെയോ പോയ സമയത്ത് ഇയാൾക്ക് ഭയങ്കര ഹാർട്ട് പെയിൻ ഡോക്ടർക്ക് ഫോൺ ചെയ്ത് വേഗം വരും ഡോക്ടർ ഇപ്പം മരിക്കും ഞാൻ എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ ബഹളമൊക്കെ വെച്ചിട്ട് ഡോക്ടർ പറഞ്ഞു രാത്രി പാതിരയാണ് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യണം എങ്ങനെയെങ്കിലും വരൂ ഡോക്ടറെ ജീവൻ രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ പാവം ഡോക്ടർ ഡ്രൈവ് ചെയ്ത് ഇയാളുടെ വീട്ടിലെത്തി ഇയാൾക്കാണെങ്കിൽ വീട്ടിൽ ലിഫ്റ്റ് കിട്ടിയ നാലാമത്തെ നിലയം ഇങ്ങട്ട് കടന്നതും ഡോക്ടർ ക്രോളിംഗ് വെല്ലുയർത്തിയതും ഡോക്ടറേതാകെ നടക്കണം ഇയാള് വാതിൽ തുറന്നോക്കുമ്പോണ്ട് ഇയാളോട് താങ്ങി പിടിച്ച് ഇയാളെ കട്ടിൽ കിടത്തി ഡോക്ടർ പറഞ്ഞു ഇപ്പൊ എന്റെ ജീവൻ പോവും കുറച്ച് തണുത്ത വെള്ളം തരു ഒന്ന് വീശി തരുമെന്ന് ഇയാളെ കൊണ്ട് നല്ലവണ്ണം വീശിപ്പിച്ചു ഒര മണിക്കൂർ തണുത്ത വെള്ളമൊക്കെ കുടിച്ചു ഒരു മണിക്കൂർ ഡോക്ടർ സുഖമായിട്ട് കടന്നുറങ്ങി ഉണ്ടാവും അത് കഴിഞ്ഞ് ഡോക്ടർ പോവാൻ നേരത്ത് പറഞ്ഞു അഞ്ഞൂറ് രൂപ കൺസൾട്ടിംഗ് ഫീസ് തരുമെന്നാണ് കൊല്ലാനുള്ള ദേഷ്യാണ് വരുന്നത് ഇയാൾക്ക് ഹാർട്ട് രോഗിയാണ് പോരാത്തത് ഈ മനുഷ്യനെ താങ്ങിയെടുക്കേണ്ടി വന്നു കട്ടിൽ കിടത്തേണ്ടി വന്നു വീശിക്കൊടുക്കേണ്ടി വന്നു വെള്ളം കൊടുക്കേണ്ടി വന്നു എന്നിട്ട് അഞ്ഞൂറ് രൂപ പോരാത്തതിന് കൺസൽപ്പില്ല ഇങ്ങനെ കുലദ്രോഹം ചെയ്യരുത് മനുഷ്യ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ രോഗം അറിയില്ല ഇപ്പോ നിങ്ങൾക്ക് ഇത്രയും നേരം ഹാർട്ട് പെയിൻ ഒന്നും ഞാൻ കണ്ടില്ലല്ലോ നിങ്ങൾ എത്ര കൂളായിട്ട് തന്നെ ചികിത്സിച്ചു അതുകൊണ്ട് നിങ്ങളുടെ അസുഖം ഞാൻ കുറച്ചു നേരത്തേക്കെങ്കിലും മാറ്റി തന്നേ എനിക്ക് ഫീസ് തരണം പറഞ്ഞേ പറ്റുള്ളൂ അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചുകൊണ്ട് ഏത് പ്രശ്നത്തിൽ നിന്നും മുക്തരാവാൻ അപ്പൊ നമ്മളൊക്കെ പലപ്പോഴും തളരുന്നതിന് കാരണം എന്തായിരിക്കണം അതിൽ തന്നെ മനസ്സ് ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് ഉറപ്പിക്കുക ആരുടെ കുറ്റം അത് നമുക്കങ്ങനെ ഒരു അസുഖം എവിടെയെങ്കിലും നിങ്ങളുടെ പല്ല് നാവിലോ വായിലോ ഒരു കടികടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗം മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ നാം എപ്പോഴും പോകുന്നത് അവിടെ എനിക്ക് വായൽ മുറിയുന്നുമില്ല കേട്ടോ സ്വാമിയുടെയും പോകുന്നുണ്ടോ ആ നാം അവിടെ തന്നെ അറ്റൻഡ് ചെയ്യും അല്ലേ അതുപോലെ നമ്മുടെ മനസ്സിനും ഈ പ്രത്യേകതയുണ്ട് എവിടെ ഒരു പ്രശ്നമുണ്ടോ അതിങ്ങനെ അറ്റൻഡ് ചെയ്യും എന്നിട്ട് നമ്മളെ ക്രമേണ ക്രമേണ അത് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം ഈ പത്തായത്തിനുള്ളില് എലി കയറി കഴിഞ്ഞാലല്ലോ അത് പതിരാക്കി കളയുന്നില്ലേ പുറമേന്ന് നോക്കുമ്പോ നമുക്ക് തോന്നും പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഈ കുമ്പളം കേടുവന്നാൽ നോക്കിയിട്ടുണ്ടോ നിങ്ങൾ കുമ്പളം കേടുവന്നു കഴിഞ്ഞാൽ ഇല്ല മൂത്ത കുമ്പളം എങ്ങനെയാണ് അറിയില്ല സംഗതി കൈവയ്ക്കും ബ്ലും അതിന്റെ പുറത്തെ കട്ടിയുള്ള തോല് കാരണം അതിന്റെ ഉള്ളിൽ കേടുവന്നാലും പിന്നെ മുറിക്കാൻ നേരത്ത് അറങ്ങിയ ഇതുപോലെ നമ്മുടെ മനസ്സ് കണമ്പം നമ്മൾ നല്ല മനുഷ്യനായിരിക്കും പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ബലഹീനന്മാരായി നമ്മളെ കേടുവരുത്തിയിട്ടുണ്ടാവും ഈ ചിന്തകൾ അതിനെ മാറ്റിയെടുക്കാൻ എവിടുന്ന് തുടങ്ങണം ഭഗവാൻ പറയുന്നു ചതുർവിധാ ഭജന്ദേമാനാ സുഹൃദിനോർജുന ർത്തോ ജിജ്ഞാസുരർച്ചപരശ നാല് വിധത്തിൽ ചതുർവിധ എത്ര വിധത്തിൽ ഭജന്മാം ആളുകൾ എന്നെ ആരൊക്കെയാണ് സുഹൃതികളാണ് അവർ ആരൊക്കെയാണ് ആർത്തോ പിന്നെ ജിജ്ഞാസു അർത്ഥാർത്ഥി ഞാൻ എത്ര ഭക്തന്മാരുണ്ട് ഭഗവാൻ നാല് വിലക്ക് ആരൊക്കെയാണ് ഒന്ന് ജ്യോത്സ്യന്മാരെ അയക്കുന്നത് ആണോ ആർത്തന്മാര് രണ്ട് ജിജ്ഞാസുക്കള് അർത്ഥാർത്ഥികള് ആർത്തെന്ന് പറഞ്ഞാൽ വിഷമങ്ങൾ പറയുന്നവര് ആർത്തി ദുഃഖങ്ങൾ പറയുന്നവര് വിഷമങ്ങൾ പറയുന്നവർ അർത്ഥ അർത്ഥി എന്ന് പറഞ്ഞാലോ മകളുടെ കല്യാണം കഴിച്ചു കൊടുക്കണം മകന് പെണ്ണ് ശരിയാക്കി കൊടുക്കണം ജോലി ശരിയാക്കി കൊടുക്കണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്നില്ലേ അവരെയാണ് പ്രതാപ്തി ഭഗവാനെക്കുറിച്ചറിയണം എന്ന് ആഗ്രഹിക്കുന്നവര് ഭഗവാനും താനും ഒന്ന് തന്നെ എന്ന് അനുഭവം ഉറപ്പിക്കുന്നവര് അങ്ങനെ നാല് എന്നൊരു ഭഗവാൻ പറയണോ ഇവരിൽ ആരാണ് ശരിക്കും യഥാർത്ഥ ഭക്തന്മാര് നിത്യുക്ത ക്തിരെ വിശിഷ്യതേ പ്രിയോ ഹി ജ്ഞാനോത്യർത്ഥം അഹം സജമപ്രിയ തേശാം എമം ഈ ആളുകളില് ജ്ഞാനീ നിത്യുക്ത ആരാണ് സർവോത്കൃഷ്ടനായ ഭക്തൻ ജ്ഞാനീത് പറഞ്ഞാൽ മനസ്സിലായോ ഭഗവാനെക്കുറിച്ച് വേണ്ട എട്ട് പ്രകൃതിയെയും നിലനിർത്തുന്ന ജീവചൈതന്യം തന്നെയാണ് ഭഗവാൻ എന്ന് ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്ന ആളുകളെയാണ് ഈ ജ്ഞാനി ഏകഭക്തിരൊരു വിശിഷ്യതയെ അദ്ദേഹത്തിന്റെ ഭക്തി ഭഗവാൻ തന്നിൽ തന്നെയാണ് അദ്ദേഹത്തിന് ഭഗവാൻ വേറെയായി തോന്നുന്നില്ല അങ്ങനെയുള്ള ഭക്തിയുള്ള ആ ജ്ഞാനി പ്രിയോ എനിക്കയാള് പ്രിയനാണ് അഹം സജമപ്രിയ അവന് ഞാനും പ്രിയനാണ് എനിക്ക് അവനും പ്രിയ ഭഗവാൻ ആര്യാ പ്രിയമായി കണക്കാക്കുക നമ്മൾ എങ്ങനെയൊക്കെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നും അമ്പലത്തിൽ പോയി തൊഴുത് എന്നും പോയി വിളക്ക് കൊളുത്തി എന്നും പോയി വഴിപാട് ചെയ്യുന്ന ആളുകളിലേ ഭഗവാൻ പ്രിയമായി കണക്കാക്കുന്നല്ലേ നമ്മൾ കരുതിയിരിക്കുന്നത് ആണോ അല്ല സാധാരണ ഒരു വ്യക്തിയുടെ ദൃഷ്ടിയിൽ അതല്ലേ പ്രിയം അങ്ങനെ ദിവസം പോയി തൊഴുതാ ഭഗവാൻ പ്രിയനായി കണക്കാക്കുന്നല്ലേ എന്നാൽ ഭഗവാൻ പറയണു ഞാൻ പ്രിയമായി കണക്കാക്കുന്നത് ആർത്തനെയുമല്ല അർത്ഥാർത്ഥിയല്ല കൂടുതൽ അമ്പലത്തിൽ ആരാവും പോകുന്നുണ്ടാവുക കൂടുതൽ ആരായിരിക്കും പോകുന്നുണ്ടാവുക ആർത്ഥന്മാരും കൂടുതൽ അവരല്ലേ ജിജ്ഞാസുക്കളും അതുപോലെ ജ്ഞാനികളും വളരെ കുറവായിരിക്കും പക്ഷെ ഭഗവാൻ ഏറ്റവും കൂടുതൽ പ്രിയം ഈ ഭക്തരായി തീരാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത് ഗീത പറഞ്ഞ രീതിയിലല്ലേ ചിന്തിക്കേണ്ടത് നാട്ടുകാരെന്ത് പറഞ്ഞിരിക്കുന്നു അതാണോ നോക്കേണ്ടത് ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലല്ലോ നിങ്ങൾക്ക് വേണ്ടാത്തതൊന്നും അമ്പലത്തിൽ പോയി പറയാനും ചെയ്യാനും ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾക്ക് മനസ്സിലാവും കാരണം നിങ്ങൾ ചെയ്യുന്നത് കൊണ്ടല്ല ഭഗവാൻ പ്രീതനാവുന്നത് മനസ്സിനെ എത്രത്തോളം നിങ്ങൾ അർപ്പിക്കുന്നുണ്ടോ അത്രത്തോളം ഭഗവാൻ നിങ്ങളോട് പ്രിയത്വം കാണിക്കും എന്നിട്ട് പറയുന്നു ഭഗവാൻ ഇങ്ങനെ നിങ്ങൾ ജ്ഞാനിയായി കഴിഞ്ഞാൽ ഉദാരാത്യുക്ത സർവേ ഉദാര ഇവരൊക്കെ ശ്രേഷ്ഠന്മാരാണ് ഉദാര എന്ന് പറഞ്ഞാൽ ഉദാരമതികൾ നല്ലവരുന്നാണ് കാരണം അവരൊക്കെ അറ്റ്ലീസ്റ്റ് അവര് എന്നിലേക്ക് ചെറുതായി തിരിഞ്ഞിട്ടുണ്ടല്ലോ പക്ഷേ ഇതിലൊക്കെ ജ്ഞാനീത്തു ആത്മ ഏവ മതം ആത്മയേവ അവനും ഞാനും ഒന്ന് തന്നെയാണ് ഇന്ന് ആസ്തി സഹയുക്ത ആത്മ അവന്റെ മനസ്സവൻ എന്നിൽ ഉറപ്പിച്ചുകൊണ്ട് മാം ഏവ ഉത്തമാം ഗതി അവൻ എവിടെ എത്തിച്ചേരും എന്നിൽ ഉത്തമമായ ഗതിയെ അവൻ കൈവരിക്കും അവൻ മറ്റവരൊന്നും എന്റെ ഗതി കൈവരിക്കുന്നത് ഭഗവാൻ പറഞ്ഞിട്ടില്ല ആര് മാത്രമേ കൈവരിക്കുള്ളൂ ജ്ഞാനിയായിട്ടുള്ള എന്നിട്ട് അയാളുടെ പ്രത്യേകത എന്താണ് ഈ ജ്ഞാനിയായി തീരാൻ എത്ര സമയമെടുക്കും ബഹൂനാം ജന്മനാമന്ധേ സമഹാത്മാസു ദുർലഭ ഈ ജ്ഞാനിയായി തീരുന്നതല്ലോ ബഹൂനാം ജന്മനം അന്ധേ എന്ന് പറഞ്ഞാൽ കുറേ ജന്മങ്ങളിൽ നമ്മൾ ഉണ്ടാക്കിവെച്ചിരിക്കുന്ന സംസ്കാരത്തിന്റെ ശക്തി കൊണ്ടാണ് നമ്മൾ ആരായി തീരുന്നത് ആ ജ്ഞാനിയായിരിക്കുന്ന ആൾക്ക് പറയണ ഭഗവാൻ ജ്ഞാനവാൻമാം പ്രപദ്ധ്യത അവനെന്നെ പ്രപദ്ധ്യത പ്രാപിക്കാൻ സാധിക്കുന്നു അപ്പൊ വളരെയൊക്കെ ശ്രദ്ധിക്കൂടെ നമ്മള് മനസ്സുകൊണ്ട് ഈ കാര്യങ്ങൾ വേണ്ട മനസ്സിലാക്കി ഭഗവാനിലേക്ക് ശ്രദ്ധതിരിക്കാത്തടത്തോളം കാലം ഭഗവാനെ പ്രാപിക്കാൻ എന്നെ കാണാൻ പറ്റുന്നല്ല ഭഗവാൻ പറഞ്ഞത് എന്നെ കാണാൻ പറ്റുന്നു പറഞ്ഞിട്ടില്ല എന്നെ പ്രാപിക്കാൻ പറ്റുന്ന ഞാൻ അവനെ പ്രാപിക്കുന്നല്ല പറഞ്ഞത് അവൻ എന്നെ പ്രാപിക്കാൻ സാധിക്കും അപ്പൊ ജോലി മുഴുവൻ ചെയ്യേണ്ടത് ആര് തന്നെയാണ് നമുക്ക് എത്ര ക്ലിയറാണ് ഗീത നമ്മളെ ഉണ്ടല്ലോ ഓർമ്മിപ്പിക്കുകയാണ് ഉയരണം ഉയരണം നമ്മൾ തന്നെ വേണം നിനക്കടാൻ ഇതിലൊരു കോംപ്രമൈസ് ചെയ്ത് നമ്മൾ ഇത്രയും കാലം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് ദൈവം നോക്കിക്കോളുന്നതാണ് ചിലർക്ക് അങ്ങനെ ഒരു സിദ്ധാന്തമുണ്ടല്ലോ താൻ പാതി എന്റെ പാതിയൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു ഭഗവാനെ ഇനിയൊക്കെ ആര് ചെയ്തോളും കുട്ടി പരീക്ഷാ പേപ്പർ മുന്നിൽ വെച്ചു പെണ്ടുത്തു വെച്ചു ഭഗവാനെ എന്റെ പാതി ഞാൻ ചെയ്തു പേപ്പറെടുത്തു വയ്ക്കുന്ന ജോലിയും കഴിഞ്ഞു പെണ്ടുത്തു വെക്കുന്ന ജോലിയും കഴിഞ്ഞു ഇനി എഴുതന്റെ ജോലി വന്നെഴുതലെന്നെ കണക്കെന്നെ ഇങ്ങനെ ഭഗവാനെ പറ്റിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിച്ചത് ഭഗവാനെ എനിക്കത് കിട്ടുകയാണെങ്കിൽ പകുതി അങ്ങേക്ക് തരാറുണ്ട് ചില പൊട്ടന്മാരുടെ ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ വരും ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ അവര് പറയാം പകുതി അങ്ങേക്കും പകുതി എനിക്കും എന്നുള്ളതാണ് ഭഗവാനായിട്ട് ഫിഫ്റ്റി ഫിഫ്റ്റി ബിസിനസ് നേ കൊണ്ട് തിരിയില്ല പറയാൻ പറ്റില്ല മകളുടെ കല്യാണം ശരിയാക്ക് തന്നാൽ ഒരു പാൽപ്പായസം ഭഗവാൻ ഓഫർ ചെയ്തു അല്ലെങ്കിൽ അങ്ങേക്ക് അത് തരാം ചിലർ പറയാലേ ഞാൻ കിരീടം തരാം അങ്ങനെയുള്ള ഗുരുവായപ്പോ ഞാനവരെ കിട്ടുന്നത് എന്തെങ്കിലും കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഭഗവാൻ ഓഫർ ചെയ്യും അതിലൂടെ പിശുക്കന്മാര് ഒരാള് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് പറയാണ് അമ്പലത്തിൽ വെച്ചിട്ടേ ഇയാളുടെ പൈസ നഷ്ടപ്പെട്ടപ്പോ പറയണ ഭഗവാനെ തിരിച്ചു പോകാനൊരു നൂറ് രൂപ കിട്ടിയാൽ അമ്പത് അങ്ങ് അങ്ങേക്കും അമ്പത് എനിക്കും അത് കിട്ടുന്നതിന്റെ പകുതി അങ്ങേക്കും കിട്ടുന്നതിന്റെ പകുതി എനിക്കും ഇത് പറഞ്ഞ അയാള് തിരിഞ്ഞതും അമ്പതിന്റെ നോട്ട് ഉടനെ അയാൾ പറയണം എന്നാല് കൃഷ്ണന്റെ സ്വഭാവം നോക്കണം പകുതി എടുത്തിട്ട് ആ എനിക്ക് തന്നത് കൃഷ്ണനെ പോലും പറ്റിക്കുന്ന മനും കൃഷ്ണന്റെ സ്വഭാവം നോക്കണം പകുതി എടുത്തിട്ടേ തന്നുള്ളൂ ഈ രീതിയിൽ ചിന്തിക്കുന്ന കുറെ കുറവല്ല അനുഭവ നിന്ന് നമ്മള് ഇങ്ങോട്ട് പ്രതീക്ഷിക്കുക വേണ്ടത് അങ്ങോട്ട് ഉയരുക മാം പ്രപദ്ധ്യത എന്തായിരിക്കും അവരുടെ അവസ്ഥ അനുഭൂതി വാസുദേവ സർവദേവി അവരെല്ലാം ആരിൽ കാണും എല്ലാവരിലും വാസുദേവനെയല്ല കാണുന്നത് എല്ലാം വാസുദേവന് കാണും ഇതൊറ്റ കാര്യം നമ്മളെ ചിന്തിച്ചാൽ നോക്കൂ നിങ്ങൾ വെള്ളം നിങ്ങളെ മനസ്സിൽ വെള്ളത്തെ ചിന്തിക്കൂ സകല ജീവന്മാരും ഉരുത്തിരിഞ്ഞിരിക്കുന്നത് വെള്ളത്തിൽ നിന്നാണെങ്കിൽ എല്ലാ ജീവനും വാസ്തവത്തിലിരുടെയാണ് എല്ലാറ്റിനും ആശ്രയം എന്ത് തന്നെയാണ് വെള്ളം എന്നാണ് അപ്പൊ എല്ലാ വാസ്തവത്തിൽ വെള്ളം തന്നെ അല്ലെ എല്ലാ ജീവനും വന്നിരിക്കുന്നത് വെള്ളത്തിൽ നിന്നാണെങ്കിൽ എല്ലാം വെള്ളം തന്നെ ഇതുപോലെ എല്ലാ ജീവനും വന്നിരിക്കുന്നത് വാസുദേവനിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവരും വാസുദേവൻ തന്നെ ഇതൊക്കെ നല്ലവണ്ണം നമ്മൾ ഉറപ്പിക്കുമ്പോഴല്ലോ നമുക്കൊരാളെക്കുറിച്ചും ഇവിടെ ടെൻഷൻ വേണ്ട ഒരാളെക്കുറിച്ചും നമ്മൾ ഒരാളോട് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കൂടുതൽ ഒരാളെ ആശ്രയിക്കേണ്ടതില്ല ആരിലൊന്നും അമിതമായൊന്നും എത്ര ശക്തിയുണ്ട മനസ്സിന് ഉടവൂലയോ ഇതാണ് കുട്ടിക്കാലത്തെ ആത്മീയത വേണമെന്ന് പറയുന്നത് മനസ്സിന് കൂടുതൽ ഫലം കിട്ടാൻ നമ്മളാണെങ്കിൽ ഇപ്പൊ നമ്മളെക്കുറിച്ചൊരു കോൺഫിഡൻസ് ഇല്ല മക്കൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ നിങ്ങളെക്കുറിച്ച് പോയിട്ട് വരും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടോ തിരിയണ്ട മറിയണ്ട ഇരുന്നാ പ്രശ്നം മക്കൾ അത്രയും ടെൻഷനാണ് നിങ്ങളെക്കുറിച്ച് നീക്ക വല്ലത് സംഭവിക്കൂ എന്ന് നീ സംഭവിച്ചു കഴിഞ്ഞാൽ അവരുണ്ടാവോ കൂടെ അവര് ലീവെടുത്ത് വന്ന് നോക്കി നിൽക്കുമോ വല്ലതും സംഭവിച്ചാൽ ആരെങ്കിലും ഉണ്ടാവുമോ നിങ്ങൾ കാല് വഴുകി വീണോ ബ്രഹ്മസരോവറിൽ ആരെങ്കിലും ഉണ്ടാവുമോ മക്കൾ വന്നിട്ട് ഇതാണ് ഞാൻ നിങ്ങളെയൊക്കെ കൊണ്ടുപോകണം വിചാരിച്ചിരുന്നു കുളിപ്പിക്കാൻ ഇപ്പൊ മനസ്സിലായി ശരിയാവില്ല എന്ന് കാരണം എണ്ണം വേറെ തയ്ക്കേണ്ടി വരും കാരണം പരിഭ്രമം കാരണം ചിലരുണ്ടല്ലോ ഇങ്ങോട്ട് വരില്ലേ അല്ല അപ്പൊ അതുകൊണ്ട് നോക്കൂ നിങ്ങൾ അപ്പൊ ചിന്തിക്കും നമ്മളെ കുറിച്ച് ഒരാളെ ടെൻഷൻ അടിക്കരുത് നമ്മളാരെക്കുറിച്ചും ഇനി വേറൊരു സത്യം നിങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയുന്നൊരു വസ്തു നിങ്ങൾ ആരെക്കുറിച്ച് ടെൻഷൻ അടിക്കുന്നുണ്ടോ അവര് നിങ്ങളെക്കുറിച്ച് ലീസ്റ്റ് ടെൻഷൻ അടിക്കുന്നുണ്ട് അതാണ് സത്യം നമ്മൾ ആരെക്കുറിച്ചൊക്കെ ചിന്തിച്ച് സമയം കളയുന്നുണ്ടോ സമയം കളയുന്നുണ്ടോ പിന്നെ എന്തിനു നമ്മൾ സമയം കളയണം പക്ഷെ ആ ബുദ്ധിയൊന്നും വരില്ല വാസുദേവ സർവമിതി സമഹാത്മാ ആരായി തീരണം നമ്മള് ആരായി തീരണം ഏതാത്മാവായി തീരണം ദുഷ്ടാത്മാവാൻ ബോടോ ഒരു നല്ല മഹാത്മാവായി തീരുന്നു അങ്ങനെ നമ്മുടെ മനസ്സിനെ ഉയർത്താൻ നമുക്ക് ഇവിടെ ഓർമ്മിപ്പിക്കുക അത അഷ്ടമോധ്യായ അർജുന ഉവാചിം തദ്ധ്യാത്മം ഷോത്തമാതിബോതം ചിം പ്രോക് അതിദൈവം കിച്ച അതിയജ്ഞകഥം കോത്രേഹേസ്മധുസൂധന പ്രയാണകളേ ച यो यो श्री യേ യസീ നിയതാത്മഭവാച അക്ഷരം ബ്രഹ്മ പരമ സ്വഭാവോധ്യാത്മുച്യൂതഭാവോദ്ഭവകരോ വിസർഗർമ്മ സജിത അതിഭൂതം ക്ഷോ ഭാവരുഷച്ചാതി അതിയജ്ഞോഹമേവാത്രേഹേ ദേഹൃം വര സ്മരൻ മുക്ളേവരം യതി സമൽഭാവം യാതി സംശയാ യം യം വാവി സ്മരൻ ഭാവം ളേവരം തം തമേ വൈദ സദാ തൽഭാവിദു കാസ്മരയുധ്യജ മയ്യർപ്പതമനോബുദ്ധി ആമേ വൈശ്യ സംശയം അഭ്യസയുക്േതസാമി പരമം പുരുഷം ദിവ്യം ിപാക്താചിന്തയൻ കവിണമുശാസിദോരണീയാൻ സമനുസ്മരെ ദാദമചിന് റൂപം ആദിത്യവർണ്ണം തമസ പരസ് പ്രയാണകളേ മനസാജല ഭക്യാുക്ലേന ചൈവോർ മധ്യേ പ്രാണമാവേശ സമ്യ സതം പരം പുരുഷമുപൈതിവ്യം യക്ഷരം വേദവിദോ വദ വിശന്തിയതയോ വീതരാഗ്യതിോ ബ്രഹ്മചര്യം ചരന്ത ഹേ പദം സങ്കരേണ പ്രവച്യേരാണി സംയമ്യ മനോഹൃതിനിരുഭ്യജ മോദ്യാത്മന പ്രാണി യോഗധാരണ ോമോക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാമനുസ്മരൻ യാതി തജൽ തയജന്ഹം സയാതി പരമാതി അനന്യച്ചേദം വ്യോമാ സ്മരതി നിഹം സുലഭ പാർ നിർ യോ സംസിദ്ധി പരമാദ ആഭ്യം മഭുവ പുനരാവർത്തിനോർജുന മാമു വേദ്യതോന്ദേയ പുനർജന്മന വിദ്യേ സഹസ്രയുഗപര്യന്ത അഹര്യൽബ്രഹ്മണോ വിദൂ രാത്രിയുഗസഹസ്രാധ േഹോരാത്രവി ജന അവ്യക്തയർഗമ പ്രലീയന് തൈവാസേ ബോധഗ്രാമ സേവായം बुत्वा ഭൂ ഭൂ പ്രളീയ രാത്യാഗമേ വാർ പ്രഭവത്തഹരാഗമേ പരസ്ഥോന്യോ അവ്യക്തക്താധന യശേഷു ഭൂതേഷു നശ്യസോ നശ്യതി അവ്യോക്ഷരമാഹു പരമാതിവർത്തേ അദ്ധാമവനമം മ പുരുഷ സപ്പ ഭക്യാ ലഭ്യവനയാസ്തം തദേ ൃത്തി ആവൃത്തിന प्रयादा ിം കാ കാല വക്ഷ്യമി വരദർശവാ അഗ്നിജ്യോതിരഹുക്ല ഷമാസ ഉത്തരാണി ब्रह्मा ब्रह्मा दूमो ബ്രഹ്മ ബ്രഹ്മവിദോജന ധൂമോ രാത്രി തൃഷമാസാക്ഷി താദ്രമസം ജ്യോതി യോഗീ പ്രാപ്യ നിവർത്ത ശുക്ലകൃേ ജഗദാശ്വത ഏകയാവൃത്തി അന്യയാ വർത്ത പുനേ സൃധീ പാത്ത യോഗീ മുഖ്യതികു കാലു യോഗയുക്വാർജുന വേദു യു തവൈ ദാനു പുണ്യഫലം പ്രതിഷ്ടം േരി തത്സവമ വി യോഗീ പരം സ്ഥാനു വൈതി ചാദ്യം ഓ തത്സീ ശ്രീമദ്ഭഗവത്ഗീത ഉപനിഷ ബ്രഹ്മവിദ്യയാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദി അക്ഷരബ്രഹ്മയോഗോ നാമ അഷ്ടമോധ്യായ ഗീതയുടെ എട്ടാം അധ്യായത്തിൽ നമുക്ക് ചില പ്രയോഗങ്ങളുടെയൊക്കെ സൂക്ഷ്മ അർത്ഥങ്ങൾ ഭഗവാൻ പറഞ്ഞു പലപ്പോഴും നമ്മൾ യഥാർത്ഥമായി മനസ്സിലാക്കാത്ത ചില പ്രയോഗങ്ങളുണ്ട് ബ്രഹ്മം എന്നുള്ള ശബ്ദം ഈശ്വരൻ നമ്മൾ ബ്രഹ്മത്തെ പറയും പക്ഷെ വട്ട് ഈസ് ബ്രഹ്മം അതുപോലെ അധ്യാത്മ എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ ശബ്ദങ്ങളുടെയൊക്കെ യഥാർത്ഥമായ സൂക്ഷ്മ വശങ്ങൾ നാം മനസ്സിലാക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം ഈ എട്ടാമത്തെ അധ്യായത്തിലെ ഭഗവാൻ ഇതിനെ വളരെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുന്നത് അവിടെ ആദ്യം തന്നെ അർജുനൻ ചോദിക്കുന്നുണ്ട് കിം തദ് ബ്രഹ്മ എന്താണ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ കിം അധ്യാത്മം ഏ കൃഷ്ണ എന്താണ് അധ്യാത്മം അതിന് ഭഗവാൻ ഉത്തരം പറയാണ് ശ്രീ ഭഗവാനുവാചരം ബ്രഹ്മപരമം സ്വഭാവോധ്യാത്മമുച്ചതേ ഇതാണ് ഭഗവാന്റെ ഉത്തരം എന്താ ഉത്തരം അക്ഷരം ബ്രഹ്മ അക്ഷരമാണ് ബ്രഹ്മം അക്ഷരം എന്ന് പറഞ്ഞാൽ അർത്ഥം ക്ഷരം ഇല്ലാത്തത് അപ്പൊ ക്ഷരം ഉള്ളതെന്ത് ക്ഷരം ഇല്ലാത്തതെന്ത് ഇതിനെക്കുറിച്ച് നമ്മൾ വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കിക്കൊള്ളണം ഇന്ന് നമ്മൾ ക്ഷരം എന്ന് പറയുമ്പോഴല്ലോ കാണുന്നത് നശിക്കുന്നുണ്ട് നമ്മുടെ ശരീരമൊക്കെ ക്ഷരത്തിൽപ്പെട്ടതാണ് അപ്പോ അക്ഷര അക്ഷരമായിട്ട് നമ്മൾ എന്താ കാണുന്നത് ഒരു വ്യക്തി മരിച്ചാലും ഭൂമിക്കൊന്നും സംഭവിക്കുന്നില്ല ഉണ്ടോ വായുവിനോ ഒന്നും സംഭവിക്കുന്നില്ല ഉണ്ടോ ആകാശത്തിനൊന്നും സംഭവിക്കുന്നില്ല ഉണ്ടോ അപ്പൊ അതൊക്കെ അക്ഷര അല്ലേ എന്താ കാണാം അതും നിങ്ങൾക്ക് സംശയം അതിനൊന്നും നാശമില്ല ഭൂമിയില്ല എപ്പോഴും വായുവില്ലേ അപ്പൊ നമ്മളൊക്കെ വന്നു പോയാലും അഗ്നിക്ക് വല്ലതും പറ്റിയോ ആകാശത്തിന് വല്ലതും പറ്റിയോ അപ്പൊ അതും അക്ഷരമല്ലേ അതും അക്ഷരമല്ലേ അതും അക്ഷരമാണ് പ്രകൃതിയുടെ തലത്തിൽ അക്ഷണം തന്നെയാണ് എന്നാൽ പക്ഷേ അതിനും എന്തുണ്ട് അതിനും ഒരു ഫൈനലായിട്ടൊരു നാശമുണ്ട് ഭൂമി വെള്ളത്തിൽ നിന്ന് വന്നതാണ് വെള്ളം അഗ്നിയിൽ നിന്ന് വന്നതാണ് അഗ്നി വായുവിൽ നിന്ന് വന്നതാണ് വായു ആകാശത്തിൽ നിന്ന് വന്നതാണ് ആകാശം അതെവിടുന്ന് വന്നു അത് മനുഷ്യ മനസ്സിന്റെ വികാസം നൊക്കെയാണ് ഋഷീശ്വരന്മാര് പറഞ്ഞത് മനസ്സ് വികസിച്ചതാണ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത് മനസ്സിലാവില്ല അതുകൊണ്ടിപ്പോ മനസ്സിലാക്കേണ്ടത് മനസ്സ് വികസിച്ചതാണ് ആകാശം പറഞ്ഞാൽ നമുക്കത് ബി ഡിഫിക്കൾട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ സ്പേസ് ഇസ് എക്സ്പാൻഷൻ ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും വട്ടാണെന്ന് പറയും എന്റെ ഈ ചെറിയ തലയുടെ ഉള്ളിലുള്ള മനസ്സ് എങ്ങനെയാണ് ആകാശാവുക അതുകൊണ്ടിപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട അതിനെക്കുറിച്ച് അപ്പോ മനസ്സിൽ നിന്ന് ആകാശം അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാം ഏ പിന്നെ ആകാ മനസ്സ് വന്നിരിക്കുന്നത് ബുദ്ധിയിൽ നിന്ന് ബുദ്ധി വന്നിരിക്കുന്നത് അഹങ്കാരത്തിൽ നിന്ന് അഹങ്കാരം വന്നിരിക്കുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യം വന്നിരിക്കുന്നത് ശബരിമലയ്ക്ക് വിളിച്ചു പറയുന്നവരെ പോലെ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടിയാൽ കേട്ടും കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാൻ സ്വാമിയെ കാണാൻ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടിയാൽ ഏ മോഷം കിട്ടിയാൽ സ്വാമി പോവോ മോക്ഷം കിട്ടിയാൽ അടിച്ചു പോവോ മോക്ഷം കിട്ടിയാൽ പിന്നെ വലതുണ്ടോ ഉറപ്പാണ് അപ്പോ നാം അക്ഷരം എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് എന്തെല്ലാം ലയിച്ചാലും ലയിക്കാത്ത അതാണ് അക്ഷരം അത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം തന്നെയാണ് ഇത് നമ്മുടെ തലത്തിൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഈ ശരീരം ക്ഷരമാണ് ആണോ ഈ ചിന്തകളും എപ്പോഴും നമ്മുടെ കൂടെ ചിന്തകളില്ല ഉണ്ടോ ഉറങ്ങുമുണ്ടോ ഇല്ല പക്ഷേ ജനിച്ച നിമിഷം മുതൽ ഈ നിമിഷം വരെ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉള്ളതായി നിങ്ങൾക്ക് പറയാനുള്ളത് ആരാണ് ഭർത്താവോ ഭാര്യയാണോ മക്കളാണോ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം പല്ല് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല മുടി ഉണ്ടായിരുന്നില്ല ഈ ശരീരത്തിൽ ഒരവയവം ഉണ്ടായിരുന്നില്ല ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട് ഉണ്ടോ ഇതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട് മനസ്സിലെ ചിന്തകൾക്കും പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഉണ്ടോ ഇല്ലയോ നിങ്ങൾ കുട്ടിക്കാലത്ത് അതേ സ്വഭാവം തന്നെയാണോ കുറേയൊക്കെ മാറ്റം വന്നിട്ടില്ലേ അല്ലേ പക്ഷേ നിങ്ങളിൽ അന്നും ഇന്നും ഒരുപോലെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്താവുന്ന ഒന്ന് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചെയ്തത് അപ്പൊ അതിനെ തന്നെയാണ് എന്ത് വിളിക്കുന്നത് അക്ഷരം ബ്രഹ്മം എന്നൊക്കെ വിളിക്കുന്നത് അപ്പോ ഈശ്വരനെ ശരിക്കും കൃഷ്ണൻ കൊണ്ടുവയ്ക്കുന്നത് എവിടെയാണ് അക്ഷരം ബ്രഹ്മ എന്ന് പറയുമ്പോൾ ഈശ്വരനെ എവിടെ വയ്ക്കുന്നത് ഈശ്വരനെ എല്ലാവരുടെയും ഉള്ളിലല്ല വയ്ക്കുന്നത് ആ ഈശ്വരനിലാണ് കാരണം പ്രകൃതിയുടെ നിയമത്തിനനുസരിച്ച് മാറാത്തതിലെ മാറ്റം നിൽക്കുള്ളൂ ചേഞ്ച് ഈസ് പോസിബിൾ ഓൺ എ ചേഞ്ച് ലെസ് എളുപ്പം മനസ്സിലാക്കാവുന്ന ഒരു ഉദാഹരണം ഫാനിന്റെ കറക്കം നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ കറങ്ങുന്നുണ്ടല്ലോ ഇത് കറങ്ങണമെങ്കിൽ അതിൽ കറങ്ങാത്ത വല്ലതുണ്ടോ എന്താണ് ഒരു സപ്പോർട്ട് വേണം ഒരു ചക്രത്തിന് കറങ്ങണമെങ്കിൽ ഒരു ആക്സല് വേണം ീ ഭൂമിക്കും മറ്റും കറങ്ങണമെങ്കിൽ ഒരു സ്പേസ് വേണം ഇല്ല നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന വാഹനത്തിന് കറങ്ങണമെങ്കിൽ ഒരു റോഡ് വേണം ഇതുപോലെ നമ്മുടെ മനസ്സിലെ ചിന്തകൾക്ക് ഒഴുകണമെങ്കിൽ ഇതിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യം വേണം ചൈതന്യം ഒഴുകുന്നത് നിങ്ങൾക്കൊരിക്കലും ഫീൽ ചെയ്യില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളുടെ മനസ്സിന് കാലിന്റെ അറ്റം വരെ വരാൻ സാധിക്കും അവിടുന്ന് ശ്രദ്ധയെടുത്ത് മറ്റൊന്നിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുള്ള മറ്റൊരു കാര്യത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും പക്ഷേ എങ്ങോട്ടൊക്കെ പോകണമെങ്കിലും ഉള്ളിലാരു വേണം അപ്പൊ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിലാണ് ഈ മനസ്സിരിക്കുന്നത് ഉറപ്പാണ് ആ മനസ്സ് ഉണരുന്നത് ശരീരം ഉണരുന്ന ഉറപ്പാണ് ആണോ ശരീരം ആദ്യം ഉണരുകയാണോ ചെയ്യുന്നത് പിന്നീടാണോ മനസ്സുണരുന്നത് ആദ്യം മനസ് ഉണരും പിന്നീട് ശരീരം ഉണരും നിങ്ങൾ എണീക്കണം എന്ന് പറഞ്ഞാൽ ആരാ നിങ്ങളോട് എണീക്കാൻ പറയണത് ഇരിക്കണം എന്നാര പറയണത് ഉറങ്ങണം എന്ന് മനസ്സ് അറിയില്ല അത് പിന്നെ താനെ സംഭവിച്ചോളും അപ്പൊ ഈ ഇൻസ്ട്രക്ഷനൊക്കെ അനുസരിച്ചിട്ടാണ് ശരീരം പ്രവർത്തിക്കുന്നതെങ്കിൽ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത് മനസ്സ് മനസ്സിനെ ഉണർത്തുന്നത് അല്ലെങ്കിൽ ശരീരത്തെ ഉണർത്തുന്നത് മനസ്സ് മനസ്സിനെ ഉണർത്തുന്നത് ചൈതന്യമാണെങ്കിൽ വാസ്തവത്തിൽ നമ്മുടെ ശരീരത്തിലാണോ മനസ്സിരിക്കുന്നത് ഏ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യത്തിലാണ് ഇതങ്ങോട്ട് നമുക്ക് ശരിക്കും വ്യക്തമായാലുണ്ടല്ലോ നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഈ ശരീരം നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ചെറിയൊരു ഘടകം മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്കുള്ള വൈഭവത്തിലേക്ക് നമ്മൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ല മനസ്സിലായില്ലേ അതിന്റെ വൈഭവത്തിലേക്ക് നമ്മൾ കടക്കുന്തോറും ചില കടയുടെ പരസ്യം പറഞ്ഞതുപോലെയാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ അത് ചെറിയ കടയാണ് ഇവിടെ ഒരു കടയുടെ പരസ്യം ഞാൻ കേട്ടിട്ടുണ്ട് കടയുടെ ഉള്ളിച്ചെന്നാൽ വിശാലമായ ഗോഡകോൺ കാണാം പുറമേ നിന്ന് നോക്കുമ്പോൾ ചെറിയൊരു ഷോപ്പായിരിക്കും ഏതൊരു കടയ്ക്ക് അങ്ങനെ ഒരു അഡ്വർട്ടൈസ്മെന്റ് ഉണ്ട് അതൊരു ചെറിയ കടയല്ലേ എന്ന് കേട്ടുണ്ടോ നിങ്ങൾ അതിന്റെ അകത്തു നിന്ന് നോക്കിയാൽ പുറമെയുള്ള കട വലിയ കടയാണ് അത്രേ കേട്ടിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ വൈഭവം പുറമേന്ന് നോക്കുമ്പം ചെറുതാണ് പക്ഷേ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് നോക്കും തോറും ഉള്ളിലേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ചിന്ത കൊണ്ട് ഇറങ്ങിച്ചെന്ന് നോക്കും തോറും നമ്മുടെ വൈഭവം ഇതായി വലുതായി വരും അപ്പൊ വലിയ വൈഭവത്തിലാണ് ചെറിയ ശരീരം ഇരിക്കുന്നത് പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഏതിന് കൊടുത്തു ചെറിയ കാര്യത്തിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് അതുകൊണ്ട് ഭഗവാൻ പറയുന്നു അക്ഷരം ബ്രഹ്മപരമ ഇനി നമുക്ക് യാതൊരു സംശയവും ഉണ്ടാവരുത് ഈശ്വരൻ എവിടെ ഇരിക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പറയരുത് ഇതൊക്കെ കേൾക്കാൻ മോളിലൊരാളിരിക്കണമെന്ന് കാരണം കുട്ടിക്കാലത്തെ അങ്ങനെയൊക്കെ ശീലിച്ചു പോയവരാണ് നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ എന്താ പറയുക god is there to listen everything evide undu evide undu or ammaykengana oru abaddham vetti oru trainil irundittu varthavayittad president aaikkepa varthavu cheetha varnap amma parayana idokka kelkan moolil oru aal undadu trainil irundittu parayumbo moolukku കയറി കടന്ന ആൾ ചാടി എണീറ്റ് കൊണ്ടുവന്നു എന്നിതിൽ ഉൾപ്പെടുത്തരുത് എന്ന് ഞാൻ നിരപരാധിയാണ് കരുതലെന്ന് ശരിയാണ് അയാളെന്ത് തെറ്റി അയാൾ ഇതൊക്കെ ഞാൻ കേട്ടിരിക്കണം മുകളിലൊരാളുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ശ്രദ്ധിക്കൂ ഇപ്പൊ ഒരിക്കലും മുകളിലൊരാളുണ്ട് എന്റെ ഗുരുവായൂരപ്പൻ ഇതൊക്കെ കേൾക്കണ്ട് എന്നൊക്കെ പറഞ്ഞ് കുഴപ്പമുണ്ടാക്കരുത് ഇതൊക്കെ നിലനിർത്തുന്നത് ആരാണ് ഭഗവാൻ തന്നെയാണ് സംശയമുണ്ട് ഇനി നിൽക്ക് പക്ഷേ ഇത് മനസ്സിലാക്കിയത് കൊണ്ട് കാര്യമില്ല ഇനിയും കാര്യമുണ്ട് പറയുന്നു ഭഗവാൻ സ്വഭാവോ അധ്യാത്മമുച്ചതേ എന്നാണ് അധ്യാത്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വഭാവം എവിടെയാണ് ശരീരത്തിലോ മനസ്സിലോ അപ്പൊ നമുക്ക് രണ്ടുതരം സ്വഭാവം ഉണ്ടാക്കാം ഒന്ന് സ്വഭാവവും രണ്ട് തളർത്താത്ത സ്വഭാവം നിങ്ങളെ നിലനിർത്തുന്നത് ഭഗവാനാണെന്ന് നിങ്ങൾ ദൃഢമായി ഉറപ്പിച്ചാൽ ആ സ്വഭാവം നിങ്ങളെ ഒരിക്കലും തളർത്തില്ല എന്നാൽ നിങ്ങളീ ശരീരമാണെന്നും ഈ ശരീരവും ശരീരത്തിൻ്റെ പ്രശ്നങ്ങളും നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുറപ്പിച്ചാൽ നിങ്ങളുടെ മനസ്സിന് നിങ്ങളെ തളർത്താം അപ്പൊ മനസ്സെന്ന് പറയുന്ന സാധനത്തിന് രണ്ട് സ്വഭാവങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കൂ ഇതിനെ പറയും ഒന്ന് ലൗകിക സ്വഭാവവും രണ്ട് അധ്യാത്മ സ്വഭാവവും ലൗകികം എന്ന് പറഞ്ഞാൽ ലോകവുമായി ബന്ധപ്പെട്ടത് ഈ ലോകം നമുക്ക് തന്നത് ലോകം തന്നത് ഏതാണ് ഈ ലോകം നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ശരീരമാണ് അപ്പൊ ശരീരം ആണ് നിങ്ങൾ എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തിന്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിരുന്ന് തളരാം അതല്ല നിങ്ങളെ നിലനിർത്തുന്നത് അക്ഷരം ക്ഷരം ഇല്ലാത്തൊരു ശക്തിയാണെന്ന് നിങ്ങൾ ഉറപ്പിച്ചാൽ ഏത് പ്രശ്നത്തിൽ നിന്നും നിങ്ങൾക്ക് ഉയരുകയും ചെയ്യാം ഇപ്പം ഇങ്ങനെയൊരു സംസ്കാരം നമ്മൾ വികസിപ്പിക്കണം അതുകൊണ്ടാണ് ഭഗവാൻ ആവർത്തിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ എന്നിലേക്ക് തിരിച്ചാൽ ആ സ്വഭാവം ഏതായിത്തീരും അതാണ് അധ്യാത്മ സ്വഭാവം എന്ന് പറയും ഇതിനെ പറയും അധ്യാത്മയോഗം എന്ന് പറയും യോഗം എന്ന് പറഞ്ഞാൽ യോജിപ്പിക്കുക മനസ്സിലാവുണ്ടല്ലോ നമ്മളെപ്പോഴും ചിന്തിക്കണം ഏത് സ്വഭാവമാണ് നമുക്ക് എന്നുള്ളത് നമ്മുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടായിരിക്കും ജീവിതത്തിന്റെ അനുഭവങ്ങൾ നിശ്ചയിക്കുന്നത് ജീവിതമോ ജീവിതാനുഭവങ്ങളോ അല്ല നിങ്ങളെ സ്വാധീനിക്കുന്നത് നിങ്ങളെ സ്വാധീനിക്കുന്നത് മുഴുവൻ നിങ്ങളുണ്ടാക്കിയെടുക്കുന്ന സ്വഭാവമാണ് സ്വഭാവം േണമെങ്കിലും രൂപീകരിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ഒരു രത്നാകരന് വാൽമീകിയാവാനുള്ള പരിവർത്തനം വരാനുള്ള ശക്തി അയാളിൽ തന്നെയുണ്ട് ഉണ്ടോ ഇപ്പൊ നമുക്കൊക്കെ പരിവർത്തനം വരുത്താനുള്ള ഒരു ശക്തി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഒരു സ്വഭാവം നമ്മളെ താഴോട്ട് കൊണ്ടുപോകും മറ്റൊരു സ്വഭാവം ഉയർത്തും ഇതൊക്കെ നല്ലവണ്ണം ധരിച്ചു വയ്ക്കേണ്ടേ പക്ഷേ ഇതൊന്നും പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല കാരണം കുറേ കാലമായിട്ടുണ്ടാക്കിയ സംസ്കാരം ശങ്കരാചാര്യസ്വാമികൾ നല്ലൊദാഹരണം പറയും ഒരു പാത്രത്തിൽ കുറേ കാലം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടല്ലോ മോര് സൂക്ഷിച്ചു പിന്നെ അത് കഴുകിയാലും കഴുകിയാലും ആ മോരിന്റെ വാസന വിട്ടുപോവില്ല ചില കറികളൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ ഈ പൊളിയിഞ്ചി ഇത്തരമുള്ളത്തിലുള്ള സാധനങ്ങളൊക്കെ കുറേ കാലം ഒരു പാത്രത്തിലിട്ട് കഴിഞ്ഞാൽ കഴുകിയാലും അരിഷ്ടത്തിന്റെ കുപ്പിയൊക്കെ കണ്ടില്ലേ അതെത്ര കഴുകിയാലും വാസന വിട്ടുപോകുക ഇതുപോലെ ചില ആളുകളുടെ മനസ്സ് എത്ര കഴുകിയാലും പഴയ വാസനകളൊന്നും അത്ര വേഗം വിട്ടുപോവുക അപ്പൊ എന്ത് ചെയ്യണം രാമകൃഷ്ണ പരവംസര് നല്ലൊരു ഉദാഹരണം എന്ത് വേണം ഈ വിളക്കുകളൊക്കെ ക്ലാവ് പിടിച്ചാൽ എന്ത് ചെയ്യും ഇപ്പൊ വല്ല വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ വിളക്കെടുക്കും ഇപ്പൊക്ക് കുറവാണ് ഇപ്പൊ കാലം മാറി ഇപ്പൊ കോലവും മാറി പണ്ടുകാലത്തെല്ലാം തട്ടിൻ പുറത്തൊക്കെ കൊണ്ടുവയ്ക്കും പിന്നെ എല്ലാം കൂടി ഇറക്കി അതെല്ലാം തേച്ച് കഴുകി എത്ര കഴുകിയാലും ക്ലാവ് പോവില്ല വീണ്ടും വീണ്ടും പീതാംബരോ നീലാംബരോ നീലാംബരിയോ പീതാംബരി ഇങ്ങനെയൊക്കെ സാധനങ്ങളുണ്ടല്ലോ ഇപ്പൊ അതൊക്കെ ഇട്ട് കഴുകി കഴുകി കഴുകി കഴുകി കൈയുടെ തോല് പോയാൽ അത് വിളക്കില്ല പക്ഷേ എന്നാലും കുറെ കഴിഞ്ഞാൽ അതൊക്കെ വിളക്കും അപ്പൊ ഇതുപോലെ നമ്മുടെ മനസ്സിന് നിരന്തരമായൊരു കഴുകൽ ആവശ്യമുണ്ട് ആര് കഴുകിയെടുക്കും ഏ അല്ല ക്ലീൻ ചെയ്യാൻ ഡോക്ടറെടുത്ത് പോവാം മനസ്സ് ക്ലീൻ ചെയ്യാൻ ആരെടുത്ത് പോവും ഇ എൻ ടി സാധിക്കില്ലല്ലോ ആരെന്നെ വേണം അത് നമ്മൾ തന്നെ നനക്കണം ഇത്ര പ്രയാസമുള്ള കാര്യമാണെന്ന് പറയും ഭഗവാൻ പറയണത് പലരും അതിന് മെനക്കെടില്ല പലരും എന്താ ചെയ്യാറിയോ നമ്മളെന്തിനാ മെനക്കെടണത് ഭഗവാൻ നോക്കട്ടെ എന്ന് എല്ലാം ആർക്ക് വിട്ടുകൊടുക്കും എനിക്ക് എന്റെ മനസ്സിനൊന്നിപ്പോ ഒരു പ്രശ്നമല്ലേ ഒക്കെ ഭഗവാൻ നോക്കിക്കോളും ഞാൻ ഇത്രയും കാലം വിളക്ക് കൊളുത്തല്ലേ ഞാൻ എയ് വിളക്ക് എത്തിച്ചാലേ ഭഗവാൻ എന്നെ കൈവിടുവോ ഗുരുവായൂരപ്പൻ എന്നെ കൈവിടുവോ ഇങ്ങനെ ചിന്തിക്കുമ്പോഴാവും വീട്ടിൽ എന്തെങ്കിലും അപകടം അപ്പൊ പറയും ഗുരുവായൂരപ്പ നിങ്ങൾക്കൊന്നും ചെയ്തിട്ട് യാതൊരു നന്ദിയില്ലാതെ ഇനിയൊരു കാര്യം ചെയ്യാം ഇനി ശിവനെ പിടിച്ചു നോക്കാം അപ്പോഴും നമ്മുടെ മനസ്സിൽ പ്രതീക്ഷയാണ് ഗുരുവായൂരപ്പൻ വിട്ടാലും ശിവൻ അപ്പുറത്തേക്ക് ഉണ്ട് ഇങ്ങനെയാണ് ഹിന്ദുക്കളുണ്ടല്ലോ ജന്തുക്കളായി മാറിയത് ഒരു ദൈവത്തെ വിട്ട് വേറൊരു ദൈവത്തിനെ അതും ഒന്നിലൊരു ഉറപ്പില്ല മനുഷ്യനെ രാവിലെ തുടങ്ങും ചില ആളുകളുണ്ടല്ലോ ആളുകളുടെ ഭക്തി കണ്ടാൽ നമുക്കെന്റെ വിഷമാവും അതോരന്ധവിശ്വാസങ്ങൾ കൂടുതൽ കൂടുതൽ പ്രചരിച്ചിട്ടുമുണ്ട് നമ്മുടെ നാട്ടില് ഗുരുവായൂരപ്പനെ തൊഴുതാൽ മുഴുവൻ ഫലം കിട്ടണമെങ്കിൽ മമ്മിയൂരപ്പനെയും കൂടി തൊഴണം അത്ര അവസാനം മമ്മിയൂരപ്പനും ഇല്ല ഗുരുവായൂരപ്പനും ഇല്ല നമ്മുടെ അമ്പലങ്ങളിൽ ചെല്ലുമ്പോഴാണ് കൂടുതൽ കൺഫ്യൂഷൻ അല്ലേ കാരണം എല്ലാം ഒരുപാട് ദൈവങ്ങളാവുമ്പോ നമുക്കെന്നെ അറിയില്ല ഇവര് ആരപ്പം നമ്മുടെ കാര്യം നടത്തിയിട്ടില്ലെന്ന് കുറെ പേര് കൂടുമ്പോഴേ ദൈവങ്ങളാണെങ്കിലോ പാവം ഒന്നും ഫ്രീയുമല്ല എല്ലാവരുടെ കൈയും അൻഗേജുക നിങ്ങൾ ഗുരുവായൂരപ്പനെ നോക്കിക്കോളൂ ശംഖുചക്ര കഥാപത്മാ ഒന്ന് നിങ്ങൾ അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ പാവം അദ്ദേഹത്തിന് കൈ ഫ്രീയാക്കണം പക്ഷെ അത് താഴെ വെക്കാനും പറ്റില്ല ഇതൊന്നും അപ്പൊ എങ്ങനെ അനുഗ്രഹിക്കുക എങ്ങനെ അനുഗ്രഹിക്കുക നമ്മുടെ പല ദൈവങ്ങളുടെയും കയ്യിലൊക്കെ ഓരോ സാധനങ്ങളല്ലേ നമുക്ക് നിങ്ങളുടെ ഭാവം ഒന്ന് അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഒരുത്തൊന്നും പിടിക്കുന്നൊരു അനുഗ്രഹിക്കാറുണ്ട് വരുന്ന ആളുടെ കയ്യിലേക്ക് കൊടുക്കേണ്ട സാധനം അപ്പൊ ഇങ്ങനെയൊക്കെ എന്തിനാ ദൈവങ്ങളെ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു ഇതൊക്കെ പ്രതീകാത്മകങ്ങളാണ് എന്താണ് പ്രതീകാത്മകങ്ങളാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് പലതും ഉൾക്കൊള്ളാറുണ്ട് പക്ഷെ നമ്മൾ എന്ത് ചെയ്തു അതിനെ ദൈവമാക്കി വെച്ച് പൂജിച്ചു അതുകൊണ്ട് പറയുന്നു സ്വഭാവോ അധ്യാത്മമുച്ചതേ ഭഗവാനെ അനുഭവിക്കണമെങ്കിൽ ഏത് തന്നെ മാറ്റിയെടുക്കണം സ്വഭാവം ഏത് സ്വഭാവം വരണം അധ്യാത്മ സ്വഭാവം ഇപ്പം നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് ലൗകിക സ്വഭാവം അതുകൊണ്ട് ലൗകികമായി ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ മനസ്സ് വേഗം വേഗം ഡിസ്റ്റേർബാവും എവിടെ എന്ത് നടന്നാലും അതൊന്നും എന്നെ തളർത്തുകയില്ല എന്ന് പറയണമെങ്കിൽ ആരിലേക്ക് ശ്രദ്ധ തിരിഞ്ഞിട്ടുണ്ടാവണം ഭഗവാൻ എനിക്ക് അപ്പൊ നമ്മുടെ പ്രായം നമുക്ക് ബാധകമാണോ പ്രായം ആർക്ക് ബാധകമല്ല നമ്മുടെ ചിന്തകൾക്ക് ബാധകമാണോ നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും എഴുപത്തെട്ട് എൺപത് എന്ന് നിങ്ങളുടെ ചിന്തകൾക്ക് എത്ര പ്രായമുണ്ട് ചിന്തകൾക്ക് എത്ര പ്രായമുണ്ട് പതിനേഴോ മധുരപ്പതിനേഴിന്റെ വയസ്സാകുമ്പോഴാണ് മധുരപ്പതിനേഴ് ഓർമ്മ വരും പലർക്കും എത്ര വയസ്സുണ്ട് ചിന്തകൾക്ക് പ്രായമുണ്ടോ ആ ചിന്തകളെ നിലനിർത്തുന്ന ചൈതന്യത്തിനും എന്തില്ല അപ്പൊ പിന്നെ നിങ്ങൾക്ക് എത്ര പ്രായമുണ്ട് പ്രായമില്ല ഇത് ഉറപ്പിക്കണം നമ്മൾ എനിക്ക് പ്രായമില്ല പ്രായമില്ല എന്ന് വെച്ചിട്ട് നമ്മുടെ ശരീരം മാറ്റണമെന്നില്ല ശരീരം അങ്ങനെ ഇരുന്നോട്ടെ മനസ്സിലായില്ലേ ഇനി ഇതും പറഞ്ഞ നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോവണ്ട എന്നാലും സ്വാമി പറഞ്ഞിരിക്കുന്ന പ്രായമില്ല അപ്പൊ മനസ്സിന് പ്രായമില്ലെങ്കിൽ ഞാൻ ഈ ശരീരത്തിന്റെ പ്രായം കൊണ്ടു നടക്കണ്ട അതൊക്കെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണ് മനസ്സിലൊക്കെ ചിന്തിക്കുന്നത് അതുകൊണ്ടായിരിക്കാം നമുക്ക് പ്രായം പറയാൻ വലിയ വിഷമം അല്ലെ തുറന്നാരെങ്കിലും ചോദിക്കാം ഇപ്പൊ എത്ര വയസ്സായെന്ന് അത്രയൊന്നുമില്ലെന്ന് വീണ്ടും ചോദിച്ചാൽ നമ്മൾ പറയും പിന്നെ എന്നാ അവിടുത്തെ ഉത്സവമെന്നായിരിക്കും നിങ്ങൾ അമ്പലത്തിൽ ഉത്സവം എന്ന് വെച്ചാൽ നമ്മൾ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ ധരിച്ചിട്ടുണ്ടാവും നമുക്ക് പറയാൻ താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ട് പണ്ടുള്ളവർ പറയും ചിലവരോടൊന്നും ആരോടാണെന്ന് എനിക്കറിയില്ലേ ആരോടാണ് സ്ത്രീകളോട് പ്രായം ചോദിക്കരുതെന്ന് പറയും പുരുഷന്മാരോട് ശമ്പളവും ചോദിക്കരുത് എന്തോ എനിക്കാണ് കേട്ടിട്ടുണ്ട് ഏതായാലും ഇപ്രകാരം ഭഗവാൻ പറഞ്ഞിട്ട് പറഞ്ഞു അതുകൊണ്ട് അന്തകാലേച്ചമേവ സ്മരന്മുക്വാക്കളേവരം യപ്രയാതി സമദ്ഭാവം യാതിനാണ്യ സംശയാ അന്ധകാല അന്ധകാലം അവസാന കാലം മാവ സ്മരൻ എന്നെ തന്നെ സ്മരിക്കണം എന്നാണ് സ്മരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മുടെ സ്മരണയിൽ തെളിഞ്ഞു വരണം ചിന്തിക്കുക എന്നല്ല അർത്ഥം സ്മരണം സ്മരിക്കുക എന്ന് പറഞ്ഞാൽ തെളിഞ്ഞു വരണം സ്വയം തെളിഞ്ഞു വരുന്നതിനെയാണ് ചിന്തിക്കൽ ബുദ്ധിയുടെ ജോലിയാണ് സ്മരിക്കൽ നമ്മുടെ ചിത്തത്തിന്റെ ജോലിയാണ് മനസ്സിലായില്ലേ അപ്പൊ ചിത്തത്തിൽ തെളിഞ്ഞ വരണം ആര് വളരെ ശ്രദ്ധിക്കണേ സ്മരണ വരുന്നത് നിങ്ങൾ നേരത്തെ ഉറപ്പിച്ച സംസ്കാരത്തിൽ നിന്നേ എന്തു വരുള്ളൂ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളുടെയൊക്കെ സ്മരണകൾ നിങ്ങൾ നേരത്തെ വെച്ചിരിക്കുന്നതാണ് ഈ സ്മരണ നമ്മുടെ ഉള്ളിൽ വരണം ആരെക്കുറിച്ചുള്ള സ്മരണ അങ്ങനെയുള്ളവർക്ക് ഭഗവാൻ പറയുന്നു സ്മരൻ മുക്ത കളേവരം യാതി മദ്ഭാവം അവൻ പ്രാപിക്കും ആരെ എന്റെ ഭാവം അവൻ പ്രാപിക്കും ഇതിൽ അത്ര സംശയ ഒട്ടും സംശയിക്കേണ്ടതില്ല അപ്പം ഭഗവാനെ പ്രാപിക്കാൻ എന്താ വേണ്ടത് നമ്മുടെ സ്മരണ ആരെക്കുറിച്ച് വരണം സ്മരണ വരണമെങ്കിൽ എന്ത് ആ സ്മരണ വരണമെങ്കിൽ നാം നേരത്തെ തന്നെ ഇത് അഭ്യസിച്ച് അഭ്യസിച്ച് അഭ്യസിച്ച് വരുമ്പം ആ ഞാൻ പറഞ്ഞത് നിങ്ങൾ രാവിലെ എണീറ്റാൽ ആദ്യത്തെ സ്മരണ എന്തായിരിക്കും സമയം നോക്കും നിങ്ങൾ അല്ലേ വാച്ചിലേക്ക് നോക്കും അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്മരണ കുളിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കുളിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ പൊതുവെ എന്ത് സ്മരണയെ പൊതുവെ എല്ലാവർക്കും പൊതുവായിട്ട് എന്തെങ്കിലൊന്ന് ബെഡ് കോഫി അല്ലെങ്കിൽ ബാഡ് കോഫിയോ അല്ലെങ്കിൽ ഒരു ചായ എന്തെങ്കിലൊന്ന് കുടിക്കണം ഫീസ്മരണ വരും അപ്പൊ അവർക്ക് രാവിലെ തന്നെ ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ സ്മരണ വരും കാരണം ഭാര്യ കൊണ്ടുതരണം എന്ത് ചായ എന്നിട്ട് പിന്നെ ചായയുടെ ആദ്യ ചായയുടെ സ്മരണ വരും പിന്നെ ഭാര്യയുടെ സ്മരണ വരും അല്ലെ എങ്ങനെയല്ലേ അപ്പൊ അങ്ങനെ ഒരു സാധനം നമ്മൾ നിത്യം അനുഭവിച്ച് അനുഭവിച്ച് അനുഭവിച്ച് അനുഭവിച്ച് രാവിലെ തന്നെ ചായേന സ്മരണ വരണോ ഓരോ ആളുകൾക്കുണ്ടല്ലോ കുറച്ച് ഈ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ചിലർക്ക് അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ട് അവർക്ക് സ്മോക്ക് ചെയ്ത് ശീലിച്ചവർക്ക് ഒരു അസ്വസ്ഥത വന്നാൽ അപ്പം സ്മരണ സ്മോക്ക് ചെയ്യണം എന്നുള്ളതാണ് ചിലർക്ക് വൈകുന്നേരായാൽ അധ്യാത്മ ആവേശത്തിന്റെ സ്മരണ വരും അത് ബോട്ടിലൂടെയാണെന്ന് മാത്രം അവര് സ്പിരിച്വൽ അല്ല സ്പിരിറ്റിലാണ് അതിന്റെ സ്മരണ വരുമ്പോ അവർക്ക് അതുള്ളിലേക്ക് കയറുമ്പോ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളൊക്കെ അവർക്ക് വർദ്ധിക്കും അവർക്ക് അന്തർലീനമായ ശക്തികളൊക്കെ കൂടിക്കൂടി കൂടി പിന്നെ അവർക്ക് വായ വായ എന്ത് പറഞ്ഞാലും കള്ളു പിടിച്ചിട്ട് ബോധല്ലാത്ത ഒരാൾ ഇലക്ട്രിക് പോസ്റ്റ് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് അതാരോ എലക്ഷന് വേണ്ടിയിട്ട് വൈദ്യുവാ ചെയ്ത് വെച്ചപ്പോ ഇയാളുടെ വിചാരം ഭാര്യ കല്യാണി സാരി എടുത്ത് നിൽക്കുക എന്നാണ് പൂവ കല്യാണി നമുക്ക് വന്ന് കള്ളുപിടിച്ചപ്പോഴാണ് ഇയാൾക്ക് കല്യാണിയുടെ ബോധം വരുന്നത് ഇതുപോലെ ചില സ്മരണകൾ നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ ആ സ്മരണകൾ നമ്മുടെ ഉള്ളിൽ വളരെ പ്രബലമായിത്തീരും ശരിയാണോ നിങ്ങൾ സ്വന്തം ജീവിതം അനലൈസ് ചെയ്ത് നോക്കൂ അപ്പൊ നിങ്ങൾക്ക് കാണാം ഇനി പറയാണ് തസ്മാൽ സർവേഷു കാലു മാമനുസ്മര യുദ്ധ മയ്യർപ്പിതമനോബുദ്ധി മാമേ വൈശ്യ സംശയം ഈ ശ്ലോകം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് ഭഗവാൻ പറയുന്നു തസ്മാ അതുകൊണ്ട് സർവേഷു പറഞ്ഞാൽ അതേത് ശുവാന? സർവേഷു എന്ന് പറഞ്ഞാൽ എല്ലാ കാലേഷു കാലത്തിലും മാം അനുസ്മര അപ്പോ നാം കേട്ടിട്ടുള്ള ചില ചിന്താഗതികളുണ്ടല്ലോ ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ പുറത്തായാൽ ഭഗവാനെ ഓർക്കരുത് അല്ലെങ്കിൽ വീട്ടിൽ വല്ല പിലകൾ വന്നാൽ തുടരുത് പിടിക്കരുത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അമ്പലത്തിൽ പോകരുത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ഭഗവാൻ പറയണോ സർവേഷു കാലേഷു മാം അനുസ്മര ഭഗവാനെ അനുസ്മരിക്കാൻ എല്ലാ കാലത്തിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശാരീരിക അശുദ്ധികളൊന്നും ഭഗവൽ അനുസ്മരണത്തിന് ഒരു തടസ്സമാവരുത് അപ്പൊ ഗീതയൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് ക്ലാരിറ്റി വരും അപ്പൊ അത് ചെയ്യാൻ പാടു ഇത് ചെയ്യാൻ പാടു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പറയണോ നിങ്ങൾക്ക് എന്തൊക്ക ശുദ്ധിയുണ്ടെങ്കിലും എന്നെ എന്നെ ഒരിക്കലും നിങ്ങൾ അനുസ്മരിക്കുന്നതിൽ അനുസ്മര അനുസ്മര എന്നുള്ള തുടർച്ചയായി എന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത് എന്നിട്ട് യുദ്ധ എന്നെ അനുസ്മരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞാൽ യഥാർത്ഥം നമ്മുടെ ഏത് കർമ്മങ്ങൾ ചെയ്യുന്നതിന് മുമ്പും നമ്മുടെ ഏറ്റവും വലിയ കർമ്മം എന്താണ് ഭഗവാനെ സ്മരിക്കലാണ് മനസ്സുകൊണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് മാത്രമേ ശരീരം കൊണ്ടുള്ള കർമ്മങ്ങൾ ചെയ്യാൻ ശരീരത്തിനെ അനുവദിക്കാവൂ അതിനാണത് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ കാരണം മനസ്സ് വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ് ശരീരമാണ് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പൊ ചിലർക്കുണ്ടല്ലോ അതൊരബദ്ധം ഇത് ശരിക്കും ഉൾക്കൊള്ളണേ നമ്മൾ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു ഇതിനെ പറയും പരമാർത്ഥധർമ്മമെന്നും പരമധർമ്മമെന്നും വ്യവഹാരധർമ്മമെന്നും ഇതൊരിക്കലും കൺഫ്യൂഷൻ ഉണ്ടാവട്ടെ എന്താ പറയുക പരമധർമ്മം വ്യവഹാരധർമ്മം പരമധർമ്മം എന്ന് പറഞ്ഞാൽ ഏറ്റവും പരമപ്രധാനമായ ധർമ്മം രണ്ടാമത്തത് വ്യവഹാരത്തിലുള്ള ധർമ്മം വ്യവഹാരധർമ്മങ്ങളൊക്കെ പരമധർമ്മ പരമമായ സത്യം കൂടെ ഉള്ളതുകൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ പരമസത്യം ആരാണ് ഭഗവാനാണ് അപ്പൊ ഭഗവാനിലേക്ക് മനസ്സ് തിരിച്ച് ഭഗവാനിൽ മനസ്സുറപ്പിച്ച് ഭഗവാൻ തരുന്നതായി ജീവിതത്തെ കണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നിങ്ങളോട് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇതെന്നെ ഭഗവാൻ എനിക്ക് തന്നിരിക്കുന്നൊരു അവസരമാണ് എന്നുറപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് എന്ത് കിട്ടിയാലും അത് ഭഗവത് പ്രസാദമാണെന്ന് പരാതിയില്ലേ അത് സ്വീകരിച്ചുകൊണ്ട് ശ്രദ്ധ മുഴുവൻ ഭഗവാനിലേക്ക് നമുക്ക് തിരിക്കാൻ സാധിച്ചാൽ നാം അറിയാതെ നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന സംസ്കാരം ആരുടേതായിരിക്കും ഭഗവാന്റെ ആയിരിക്കും നോക്കും നിങ്ങൾ പരിശീലിച്ചു നോക്കും അങ്ങനെ ഒരു സംസ്കാരം നമ്മുടെ ഉള്ളിൽ വികസിച്ചു വന്നാൽ ഭഗവാൻ പറയുന്നു നിങ്ങൾക്ക് വ്യവഹാരവും ചെയ്യാൻ പറ്റും ഏതും ചെയ്യാൻ പറ്റും പരമാർത്ഥവും ചെയ്യാൻ പറ്റും അപ്പൊ പരമാർത്ഥത്തിൽ നിന്നുകൊണ്ട് വേണം വ്യവഹാരം ചെയ്യാൻ ആദ്യം തന്നെ ആ ഒരു പരമസത്യം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം തുടക്കണം അപ്പൊ രാവിലെ എണീറ്റ ഉടനെ തന്നെ ഓടരുത് നമ്മൾ കട്ടിൽ നിന്ന് എണീറ്റിട്ട് കുറച്ചു നേരത്തെ ക്യാരറ്റ്സ് മരിക്കണം ഒന്ന് ഭഗവാനായിട്ട് കണക്ട് ചെയ്ത് വെക്കണം ഭഗവാൻ എഞ്ചിനാണ് ഈ മനസ്സും ശരീരമൊക്കെ ബോഡികൾ ഒന്ന് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഉറപ്പിക്കണം എനിക്ക് നുള്ള ഊർജവും ശക്തിയും ഒക്കെ തന്നിരിക്കുന്നത് ഭഗവാൻ രാവിലെ തന്നെ അടുക്കളയ്ക്ക് ചായ ഉണ്ടാക്കാൻ പോകരുത് ചായ വേണം തീർച്ചയായിട്ടും അതല്ലേ എന്താണ് നമ്മുടെ വ്യാസ ഭഗവാൻ രാവിലെ തന്നെ നിങ്ങളോട് ശുക്ലാംബരതരം വിഷ്ണു ശശിഭർണം ചതുർഭുജം പ്രസന്നവതനം ധ്യായി ചെയ്ത് സർവവിഘ്നോപശാന്ത ചെയ്ത് ചായ കുടിക്കുക തന്നെ വേണം രാവിലെ രാസരത് കുടിക്കേണ്ടായിരുന്നു അതാണ് അദ്ദേഹം ആ മന്ത്രം എഴുതി വെച്ചത് അത്രേ അതിനെക്കുറിച്ചൊരു തമാശയുണ്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇല്ല അതിനെക്കുറിച്ചൊരു തമാശയുണ്ട് എന്തിനാണ് അത്ര ഈ മന്ത്രം എഴുതി വെച്ചിരിക്കുന്നത് അതായത് ഒരാളെ രാവിലെ എണീറ്റു കഴിഞ്ഞാൽ ഭാര്യ ചായ കൊണ്ടുവരുന്ന അയാളെ പ്രതീക്ഷിക്കും ഭാര്യ ചായ എങ്ങനെ ഉണ്ടാക്കും രാസേറിയാം ശുക്ലാം ശുക്ലാം എന്ന് പറഞ്ഞാൽ വെളുത്തത് പാല് വിഷ്ണു എന്ന് പറഞ്ഞാൽ കറുത്ത ചായ വിഷ്ണു കറുപ്പാണല്ലോ അപ്പൊ കറുത്ത ചായയിൽ വെളുത്ത പാലൊഴിക്കുമ്പം ശശിവർണം കറുപ്പും വെളുപ്പും അല്ലാത്തൊരു വർണ്ണം വരും അതിന് അതിന്റെ പേരാണ് ശശിവർണ്ണം അത് രാവിലെ തന്നെ ഭാര്യ കപ്പിലൊഴിച്ച് അത് കൊണ്ടുവരും രണ്ട് കൈ കൊണ്ട് അത് കൊണ്ടുവരും ആരുടെടുത്തേക്ക് ഭർത്താവിന്റെ അടുത്ത് ഭർത്താവ് അത് രണ്ട് കൈ കൊണ്ട് മേടിക്കുമ്പോൾ ചതുർഭുജ ഭാര്യയുടെ രണ്ട് കൈകളും ഭർത്താവിന്റെ അടുത്തേക്ക് തന്നെ ഭർത്താവ് കാണുന്നത് പ്രസന്ന വതനം ആരുടെ എന്നിട്ടാണ് ഈ ചൂടുള്ള ചായ കഴിക്കുന്നത് നല്ല ചൂടുള്ള ചായ കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ തന്നെ സർവവിക്തവും ശാന്തർക്ക് അന്തേ അറിയാം ചായ കഴിച്ചു കഴിഞ്ഞാൽ ആ സർവവിക്ത സംഭവം അതുകൊണ്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഭാര്യയുടെ സ്മരണയും അതുപോലെ ചായയുടെ സ്മരണയല്ല വരേണ്ടത് ഭഗവത് സ്മരണം എണീറ്റ് ഉടനെ തന്നെ കുറച്ചു നേരമൊക്കെ നമ്മൾ മനസ്സുറപ്പിച്ചിട്ടേ വരാവും ആ പരിശീലനം നമ്മള് നമ്മുടെ ഭാരത സംസ്കാരമൊക്കെ അങ്ങനെയാണ് ബ്രാഹ്മണ മുഹൂർത്തവുത്തായ രാവിലെ എണീക്കണം എന്നിട്ടോ എന്നിട്ടോ ദദ്യോ പ്രസന്നകരണം ആത്മാനം കുറച്ചു നേരത്തേക്ക് ആരെ ധ്യാനിക്കണം ദാരിയല്ല എന്നിട്ട് ഭഗവാൻ പറയുന്നു മയ്യർപ്പിത മനോബുദ്ധി ഭഗവാൻ എന്താ വേണ്ടത് മനസ്സും ബുദ്ധിയും അർപ്പിക്കണം മനസ്സും ബുദ്ധിയും അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധി അറിവിന്റെയും എന്താണ് പ്രേമത്തിന്റെയൊക്കെ ഭാവങ്ങളാണ് അപ്പൊ ബുദ്ധി കൊണ്ട് വേണം ആരെ പിടിച്ചുറപ്പിക്കാൻ മനസ്സിനെ നമുക്ക് വേണ്ടത്ര അറിവില്ലാതിരിക്കുമ്പോഴാണ് മനസ്സിനെ നമുക്ക് ഉറപ്പിക്കാൻ പ്രയാസം ബുദ്ധി കൂടുന്തോറും നിക്ക് അറിവ് കൂടുന്തോറും എളുപ്പമുറപ്പിക്കാൻ സാധിക്കും അപ്പൊ കുരുക്ഷേത്രത്തിൽ നിങ്ങളോട് ഒരു സ്ഥലത്ത് പോയി ഒരു സാധനം മേടിച്ചു കൊണ്ടുവരാൻ നിങ്ങക്ക് പോകാൻ പറ്റുമോ ഇത്ര ക്ലിയറായിട്ടാണ് നിങ്ങൾ ഉത്തരം പറഞ്ഞത് കാരണം നിങ്ങൾ തർക്കുത്തരം പറഞ്ഞതല്ലല്ലോ നിങ്ങൾ കാരണം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല നേരെ പറഞ്ഞ നിങ്ങളുടെ നാട്ടിലൊരു സ്ഥലത്ത് പോയി മേടിച്ചുകൊണ്ടിരാൻ പറഞ്ഞാലോ നിങ്ങൾക്ക് സാധിക്കും കാരണം നിങ്ങൾക്ക് എവിടെയാ പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അറിവുണ്ട് ഇതുപോലെ നമുക്ക് നമ്മുടെ മനസ്സിനെ എവിടെ ഉറപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരറിവുണ്ടെങ്കിൽ ഭഗവാൻ പറഞ്ഞു എന്നിൽ അർപ്പിക്കൂ എന്നാണ് എന്താ പറഞ്ഞത് ഇതാണ് ഹിന്ദു സംസ്കാരം ഉറപ്പിക്കുന്നത് പ്രാർത്ഥിക്കൂ എന്നല്ല പറയേണ്ടത് പ്രാർത്ഥിക്കൂ എന്നല്ല നമ്മളോട് പറഞ്ഞു തരുന്നത് എന്താ പറഞ്ഞത് സമർപ്പിക്കൂ എന്ന് അത് പരിശീലിച്ചെടുക്കണം നമ്മൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോയല്ലോ പ്രാർത്ഥന ദുർബല മനസ്സിൻ്റെതാണ് സമർപ്പണം ശക്തിയുള്ള മനസ്സിൻ്റെതാണ് മനസ്സിന് ശക്തി വേണമെങ്കിൽ സമർപ്പിക്കണം നിങ്ങൾക്ക് മനസ്സിന് ദൗർബല്യമാണ് വേണ്ടതെങ്കിൽ പ്രാർത്ഥിക്കൂ നിങ്ങൾ മനസ്സിലായില്ലേ ഇതൊക്കെ എത്ര വലിയ സത്യങ്ങളാണ് ഭഗവാൻ വിളിച്ചു പറയേണ്ടതെന്ന് മയ്യർപ്പിത മനോബുദ്ധി മാമേ വൈശസ്യ സംശയം സംശയിക്കേണ്ട നിങ്ങൾ എന്നെ തന്നെ പ്രാപിച്ചിരിക്കുന്നതാണ് അപ്പൊ ഭഗവാനെ പ്രാപിക്കാനുള്ള വഴി എന്ത് തന്നെയുള്ളൂ എന്തേയുള്ളൂ ഒരു രൂപ ഒഴിഞ്ഞ് സമർപ്പിച്ചാൽ നമ്മൾ എത്ര എളുപ്പത്തിലുള്ള പണികളൊക്കെ ചെയ്യുന്നത് ഒരു രൂപ ഒഴിഞ്ഞിടും എന്താ ജോലിയിൽ അങ്ങനെയൊക്കെയുള്ള ഒരു എളുപ്പ വഴികളൊക്കെയാണ് നമ്മൾ നോക്കുന്നത് എന്നാൽ ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ പറയുന്നത് ഈ ചിന്തകളെ മുഴുവൻ ഭഗവാനിലേക്ക് ക്ലിയറാണല്ലോ എന്നിട്ട് പിന്നീട് പറയുന്നു ഇനി ഭഗവാൻ പറയാണ് ഈ മരണ സമയത്ത് പ്രയാണകാലി എങ്ങനെയായിരിക്കണം ഈ ശരീരം പോകുന്ന ശരീരം പോകണമല്ലോ കവിം പുരാണ അണോരണീയാൻ സമനുസ്മരി സർവാരാദാധാര്യൂപം ആദിത്യവർണ്ണം തമസ പരസ് എന്തിയണം കവി പുരാണം അനുശാസിദാരം അണോരണീയാൻ സമനുസ്മരി അണുവിലും അണുവായിരിക്കുന്ന കവിയായിരിക്കുന്ന കവി എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്ന അങ്ങനെയുള്ള പരമസത്യം അതിനെ നമ്മൾ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു പ്രകാശമായി ഭാവന ചെയ്യണമെന്നാണ് എങ്ങനെ ഭാവന ചെയ്യണം വളരെ രസകരമായിട്ട് ഭഗവാൻ പറയാണ് സർവസ്യതാധാരം അജിന്ത്യരൂപം ആദിത്യവർണം ആരെ പോലെ സൂര്യന്റെ പ്രകാശം നമ്മൾ കാണുമ്പോൾ ഈ പ്രകാശത്തിൽ ഇരുട്ടുണ്ടോ ഇതുപോലെ നമ്മുടെ ഉള്ളിൽ അല്പം പോലും അന്ധകാരമില്ലാത്തതായി നമ്മൾ ഭാവന ചെയ്യണം ക്രമേണ ക്രമേണ നമ്മുടെ ശരീരം പോലും നിൽക്കുന്നത് ഭഗവത് പ്രകാശത്തിലാണെന്ന് ഭാവനയിലുറപ്പിക്കണം മനസ്സിലായി ഇവിടെ നമ്മൾ പ്രകാശത്തിൽ ഭഗവാനെ നിർത്തുമ്പോൾ ഈ ശരീരം മുഴുവൻ പ്രകാശമയമായിട്ട് നമുക്ക് തോന്നുന്നതാണ് എന്നിട്ട് ചലേന ഭക്യാുക്തോ യോഗോർമ്മേ പ്രാണമാവേശ സമ്യ സതം പരം दिव्यं എങ്ങനെയാ മരിക്കേണ്ടതെന്ന് പറഞ്ഞു തരികയാണ് പ്രയാണകാലേ ഇവിടുന്ന് പോണല്ലോ ആ സമയത്ത് മനസ്സാചലേന ഭക്ത്യാുക്തോ മനസ്സിനെ അരിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം പക്ഷെ ആ സമയത്ത് കിടക്കുന്ന സമയത്ത് മനസ്സിനെ കൊണ്ടുവരാൻ പറ്റൂ ഇന്നത്തെ കാലത്ത് എവിടെ വെച്ചിട്ട് മരിക്കുന്നതു പറയാൻ പറ്റില്ല ഐ സിയു മനസ്സിനെ ഉയർത്താൻ പറ്റൂ ആ സമയത്തൊന്നും സാധ്യല്ല അതുകൊണ്ടായിരിക്കാം ഭഗവാൻ പറയുന്നത് യോഗബലേന നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന യോഗബലം കൊണ്ട് മനസ്സിനെ ഭക്തി കൊണ്ട് ചേർത്ത് വെച്ചിരിക്കണം ആരിലേക്ക് മനസ്സ് ഭഗവാനിലേക്ക് എന്നിട്ടോ ഭൂവോർ മധ്യേ പ്രാണമാവേശ പ്രാണനെ എങ്ങോട്ട് കൊണ്ടുവരണം ഭ്രൂമധ്യത്തിരിക്കുന്നവച്ചാൽ നമ്മുടെ മനസ്സുണ്ടല്ലോ കൂടുതൽ ഭഗവാൽ വിചാരം ചെയ്യും കൂടുതൽ മുകളിലേക്ക് വരും പ്രാണൻ മുകളിലേക്ക് ഈ മരിക്കുന്ന സമയത്ത് കൂടുതൽ ലൗകിക വിചാരം കുടുംബകാര്യങ്ങൾ മാത്രം ചിന്തിച്ച് മരിക്കുന്ന ആളുകളുണ്ടല്ലോ അവരുടെ പ്രാണൻ വയറിന് താഴെയിരിക്കും അപ്പൊ ഈ മരണ സമയത്ത് ഈ നമ്മുടെ ലങ്സുകളൊക്കെ അവർ ചുരുങ്ങും ഈ പ്രാണനെ പുറത്തേക്ക് വരാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് ചിലര് മരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നത് കാരണം ഈ പ്രാണനെ പുറത്തുവാൻ പറ്റില്ല നമുക്ക് ഈ കപക്കെട്ട് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ശ്വാസം വരിക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ട് ഇതുപോലെ അവർക്ക് പ്രാണൻ പുറത്തേക്ക് വരാൻ വളരെ കഷ്ടപ്പെടും അതുകൊണ്ട് ചിലര് മരണം വളരെ ഒരു ഡേഞ്ചറസ് ആയി മാറും അവർക്ക് അപ്പൊ നമ്മൾ ലൗകികമായ ചിന്തനം ഉറപ്പിക്കുന്നു അത്ര കണ്ട് മരണം ഒരു അതാണ് ചിലര് കടന്ന് കിടന്ന് കടന്ന് മരിക്കാതെ കിടക്കുന്നത് ഈ പ്രാണന് പോകാൻ പറ്റുന്നില്ലേ പാവ പകുതി മരണം മരിച്ചങ്ങനെ നിങ്ങൾ കൂടുതൽ ദൈവീകമായ വിചാരത്തിലേക്ക് വരുന്നവരുണ്ടല്ലോ ഈ പ്രാണൻ പെട്ടെന്നത് വിട്ടുപോകാൻ പ്രയാസമില്ല പിന്നെ ദ്വാരങ്ങളൊക്കെ ഇവിടെയാണല്ലോ ആൾക്കെളുപ്പം പോകാൻ പറ്റും മെയിൻ എൻട്രൻസിൽ തന്നെ കടന്നുറങ്ങുന്ന ഒരാൾക്ക് ഇവിടെ കടന്നുറങ്ങിറങ്ങുന്ന ആൾക്ക് രാത്രി എണീറ്റ് പുറത്തേക്ക് എളുപ്പം സാധിക്കും എന്നാൽ റൂമിന്റെ ഉള്ളിൽ വേറെ റൂമിന്റെ അകത്തൊക്കെ ആൾക്ക് ഈ ബിൽഡിങ്ങിന് തീ എന്ന് പറയുമ്പോൾ ഒരാൾ ബാത്റൂമിലാണെന്ന് വിചാരിക്കുക പെട്ടെന്ന് ഓടി പുറത്തേ ആടണമെന്ന് പറഞ്ഞു അതിനിടയ്ക്ക് വേറെ വല്ലതും ഒരു പണിയും കൂടി വെപ്പിക്കുക അവര് പരിഭ്രമം കൊണ്ട് റൂമിൽ ഓക്കെ ചെയ്തിട്ട് പോവുക എനിക്ക് തോന്നുന്നു ഞങ്ങൾ കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് ബദ്രീനാഥിലൊക്കെ പോയപ്പം ഒരാളെ കാണുന്നില്ല എവിടെ നോക്കിയിട്ടും കാണുന്നില്ല അവസാനം റൂമുകളൊക്കെ വീണ്ടും തുറപ്പിച്ച് നോക്കുമ്പോൾ ആ റൂമിൽ പെട്ടിരിക്കുക പുറത്തേക്ക് പോകുന്ന ആൾ വീണ്ടും ബാത്റൂമിലേക്ക് പോയി അത് കണ്ടില്ലേ ഇയാളുടെ ഭാര്യ എന്റെ ഭാര്യ ആരോ അവര് വാതിരി കൂട്ടി താക്കോലും കൗണ്ടറിൽ കൊടുത്തിട്ട ആൾ പോകുന്നു റൂമാണെങ്കിൽ ഒരു അറ്റത്തും വിളിച്ചു പറഞ്ഞാൽ പിന്നെ ആരും കേൾക്കില്ല ആലോചിച്ചു നോക്കൂ ഇതുപോലെ നമ്മുടെ മനസ്സിനെ സംബന്ധിച്ച് അതിദൈവീക വിചാരം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ ലോക്കാക്കിക്കളയത് അത് പിന്നെ പ്രാണയെ പുറത്തേക്ക് കൊണ്ടുവരാൻ പോലും പറയുന്നൊക്കെ എത്ര സത്യമാണെന്നറിയോ അതുകൊണ്ട് വളരെ വളരെ നമ്മൾ മനസ്സിലാക്കണം ഈ ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ പ്രയാണകാലേ മനസാചലേന ഭക്തിയായുക്തോ യോഗബലേന ചെയ്വ ഭ്രുവോർ മധ്യെ നിങ്ങളാവൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഭഗവാനെ വിചാരം ചെയ്യുമോറും പ്രാണന്റെ സഞ്ചാരം മുകളിലേക്ക് വന്നേക്കും സഥം പരം പുരുഷമുപൈതി ദിവ്യം ആരെ പ്രാപിക്കും ആ മനസ് പുരുഷം ഉപൈതി ആരെ പ്രാപിക്കും അതിനെയാണ് യദക്ഷരം വേദവിദോ വീ വിശന്യോ വീതരാഗാ യു ഛന്ദോ ബ്രഹ്മചര്യം ചരന്തി തേ പദം സങ്കരേണ പ്രവക്ഷ്യേ അതിനെയാണ് അക്ഷരം എന്നൊക്കെ വേദവിദോ വതീ യഥയഹ ആരാണോ ഇതിലേക്ക് എത്താൻ വേണ്ടി നിരന്തരം യത്നം ചെയ്യുന്നത് അവർക്ക് എതിച്ചെന്തോ അതിനെ കൈവരിക്കാൻ സാധിക്കും അവര് ബ്രഹ്മചര്യം ചരന്തി ബ്രഹ്മത്തിൽ മനസ്സ് ചരിക്കുന്നവർക്ക് ഇതിലേക്ക് കൈവരിക്കാൻ സാധിക്കും മനസ്സ് പരിശീലിപ്പിച്ചെടുക്കുന്നവർക്ക് മാത്രമേ എവിടെ എത്താൻ പറ്റുള്ളൂ മാറി അന്യത ഒരു ബോധം ഭഗവാന് ഞാനും വേറെയാക്കും പക്ഷേ നമ്മൾ ശാസ്ത്രങ്ങളിലൂടെ നോക്കുമ്പോഴല്ലോ ഈ മനസ്സിനെ നിലനിർത്തുന്ന ശക്തിയാണ് ഭഗവാനെന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ ഭഗവാനിൽ നിന്നും അന്യരല്ല ഭഗവാൻ നമ്മളിൽ നിന്നല്ല നാം ഭഗവാനിൽ നിന്നും അന്യരല്ല ഈ ബോധം കുറയ്ക്കുന്നതിനെയാണ് അനന്യബോധം അന്യരല്ല എന്നുള്ള ബോധം ഞങ്ങളുടെ ഉറച്ചു കിട്ടണ്ടേ അപ്പൊ ഈ ഭക്തിയുടെ പേരാണ് അനന്യഭക്തി ഇത് നമ്മൾ വികസിപ്പിച്ചെടുത്തോളണം കാരണം ഹിന്ദുമതത്തിൽ അന്യഭ അന്യതാഭക്തി ഇല്ല നമുക്കുള്ളത് അനന്യഭക്തിയുള്ളൂ അതാണ് നമ്മുടെ ഋഷീശ്വരന്മാര് ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത് നിങ്ങൾ തത്വമസി എന്നും അഹം ബ്രഹ്മാസ്മി എന്നും അയമാത്മാ ബ്രഹ്മ എന്നും സർവം ഖല്യുതം ബ്രഹ്മ എന്നുള്ള വേദമന്ത്രങ്ങളൊക്കെ ഋഷിമാര് കാണിച്ചു തന്നിട്ടുള്ളത് നിങ്ങൾക്കൊരിക്കലും ഈശ്വരിൽ നിന്ന് അന്യനായിട്ടിരിക്കാം ഈശാവാസ്യം വിതം സർവ ഈ പ്രയോഗങ്ങളൊക്കെ എടുത്തു നോക്കും നിങ്ങൾ വേദത്തിലെ ഇതിലൊക്കെ കാണിക്കുന്നത് നമ്മൾ ഈശ്വരിൽ നിന്നും വേറെയല്ല പിന്നെ എങ്ങനെയാണ് നമുക്ക് വേറെയാണെന്ന് തോന്നുന്നത് പക്ഷേ ഇതൊക്കെ അങ്ങോട്ട് ഉറച്ചു കിട്ടാൻ വലിയ പ്രയാസമാണ് കാരണം അമ്പലത്തിലെത്തുമ്പോഴേക്കും നമുക്ക് സ്വഭാവം മാറി അമ്പലത്തിലെത്തുമ്പോഴേക്കും ഈ പറഞ്ഞതൊക്കെ നമ്മൾ നടന്നിട്ടുണ്ടാവും നമ്മൾ വീണ്ടും പഴയ ആളായി മാറിയിട്ടുണ്ടാവും അപ്പോഴേക്കും നമ്മൾ ദൈവത്തിന്റെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് പറയും ദേവി മഹാമായി ഞാനൊരു ഏഴയാണ് അവിടുന്ന് എന്റെ ദുഃഖങ്ങളും വിഷമങ്ങളും പരിഹരിച്ചു തരണമേ ദേവി എന്ന് അപ്പൊ ദേവി ചോദിക്കും ഭഗവത്ഗീതയിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വ്യത്യസ്തരല്ല എന്നതൊക്കെ പറഞ്ഞാലും ദേവി ഗീതയല്ലേ പറഞ്ഞത് ഗീത അതുപോലെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ും മിക്ക് ബാധകള ദേവി ഞാൻ പത്ത് രൂപ തരാം എന്റെ മകൻ ഒരു പ്രമോഷൻ ശിലേക്ക് കൊടുക്കൂ ദേവി അല്ലെങ്കിൽ എന്റെ മകൾക്ക് ഒരു കുട്ടിയെയും കൂടി കൊടുത്താൽ ഒരു കുഞ്ഞിക്കാലും കൂടി അവൾ കണ്ടാൽ പിന്നെ എനിക്ക് സമാധാനമായിട്ടൊരു ഭാഗത്തിരിക്കാറ് എന്താ നമ്മുടെ ഭക്തി നോക്കൂ നിങ്ങൾ എളുപ്പമല്ല നമ്മുടെ ഭക്തി നമ്മുടെ സ്വഭാവത്തെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പ്രയാസം അതങ്ങട്ട് തലയിലേക്ക് ക്ലിക്ക് ചെയ്ത് കിട്ടണമെങ്കിലുണ്ടല്ലോ പണ്ടൊരു സർദ്ധാർത്ഥിയുടെ കഥ പറഞ്ഞതുപോലെയാണ് സർദാർജിയും അദ്ദേഹത്തിന്റെ അനിയനും കൂടി ഹോട്ടൽ ബിസിനസ് തുടങ്ങാൻ നിശ്ചയിച്ചു അവർ ഗ്ലാസ് മേടിക്കാൻ വേണ്ടി കടയിൽ പോയി അപ്പൊ ഈ കടയിലെ ഗ്ലാസൊക്കെ കമിഴ്ത്തി വെച്ചിരിക്കുകയാണ് അപ്പൊ ജ്യേഷ്ഠൻ അനിയനോട് പറയാണ് ഈ ഗ്ലാസ് ഒക്കെ മേടിച്ചാൽ ചായ ഒഴിക്കാൻ പറ്റില്ല അത് കാരണം മുകളൊക്കെ അടഞ്ഞിരിക്കുകയല്ലേ അപ്പൊ അനിയൻ അതിലേറെ ബുദ്ധി കാണിക്കുകയാണ് അനിയൻ പറയാണ് ഇനി മുകൾ ഭാഗം നമ്മളെങ്ങനെ കട്ട് ചെയ്തെടുത്താലും അപ്പോഴും താഴെ ചായ നിൽക്കില്ലയാണ് കാരണം താഴെ ഭാഗം തുറന്നു കിടക്കുകയാണ് അവരോട് പറഞ്ഞു മുകളിൽ ചായ ഒഴിച്ചാലും ഇവരെന്നിട്ട് ആണി മേടിച്ചു കൊണ്ടുപോകുന്നു അച്ഛന്റെ ഫോട്ടോ തൂക്കിയിട്ടാണ് അച്ഛൻ മരിച്ചിട്ടൊരു മാസമായി ഏട്ടൻ വിദ്വാൻ കയറി എന്നാണ് ഒരു സ്റ്റൂളിന്റെ മോളിൽ കയറിയിട്ട് പരന്ന ഭാഗം ചുമരിൽ വെച്ചിട്ട് കൂർത്ത ഭാഗത്തിന് അടിയണത് എന്നിട്ട് കമ്പനിയെ ചീത്ത പറഞ്ഞു ഏത് വൃത്തി കെട്ട കമ്പനി എങ്ങനത്തെ ആണി അടക്കിയിരിക്കുന്നത് ഉടനെ അനിയൻ പറയുകയാണ് വളരെ ബുദ്ധിമാനായിട്ട് ദേഷന് തെറ്റുപറ്റി ആ കൂർത്ത ഭാഗം ഇങ്ങോട്ടായതുകൊണ്ട് അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ചുമരിൽ അടിക്കാനാണെന്ന് കാരണം ആണിയുടെ ഡയറക്ഷൻ അങ്ങോട്ടല്ലേ ഏറ്റൻ അത് ഇളകാതെ അപ്പുറത്ത് കൊണ്ടുപോയി അടിക്കണമെന്നാണ് ഇങ്ങനെയുള്ള ബുദ്ധിയുള്ളവരെക്കുറിച്ച് എന്താ പറയുക ഇതുപോലെ നമ്മൾ അമ്പലത്തിലെത്തിയാൽ നമ്മുടെ ചില വികൃത ബുദ്ധികളൊക്കെ പുറത്തു വരും കാരണം നമ്മളത് ഉറപ്പിച്ചു വെച്ചതാണ് ഗീതയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയാലും അതിന് എന്ത് വന്നിട്ടില്ല ഉറപ്പ് വന്നിട്ടില്ല അത് കോൺക്രീറ്റ് ഉറപ്പിക്കുന്ന പോലെ ഉറപ്പിക്കണം അങ്ങനെ നമ്മൾ ഉറപ്പിച്ചുറപ്പിച്ച് വന്നാൽ ഒരു ദിവസം മനസ്സ് പറയും അമ്പലത്തിൽ പോയാലും പറയും ദേവിയെ കണ്ടാലും ദേവനെ കണ്ടാലും ഒക്കെ ഗുരുവായി കണ്ടുകൊണ്ട് പറയും അപ്പൊ നിങ്ങളെയൊക്കെ ചൈതന്യമാക്കുന്ന ചൈതന്യം തന്നെയാണ് എന്നെയും ചൈതന്യമാക്കുന്നത് അതുകൊണ്ട് ഈ ബോധം എനിക്ക് ഒന്ന് ഉറച്ചു കിട്ടണം അത്രയും വേണ്ടൂ എന്ന് അപ്പൊ ദേവിക്കും വളരെ സന്തോഷമാവും ആൾ ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് മറ്റത് നിങ്ങൾ ഒരു യാചകന് ഫണ്ട് ലോട്ടറി അടിച്ചു ഒരു പത്തിരുപത്തെട്ട് വയസ്സുള്ള യാചകൻ ഇരുപത് ലക്ഷം ലോട്ടറി അടിച്ചു അപ്പൊ ഇവൻ ഇത് മാറ്റാൻ ലോട്ടറി ഓഫീസിൽ പോയപ്പോ അവിടുത്തെ ഒരു പെൺകുട്ടി ഇയാളെ കണ്ടപ്പോ തോന്നി അച്ഛനും അമ്മയും ഏ ഒന്നുമില്ല ആരാറിയില്ല ഇത്രയും കാലം അങ്ങനെ യാചിച്ച് ജീവിച്ചു അപ്പൊ അവൾക്ക് തോന്നി അവളുടെ ജീവിതം ധന്യമാക്കാൻ ഇവരെ പിടിച്ചാൽ മതിയെന്ന് പറഞ്ഞു നമുക്ക് രണ്ടുപേർക്കോ സുന്ദരൻ ഞാനും സുന്ദരി നീയും ചേർന്നിരുന്നാൽ ഇങ്ങനെ പറഞ്ഞു രണ്ടുപേരും കല്യാണം കഴിക്കാൻ നിശ്ചയിച്ചു ഇയാളും വിചാരിച്ച ഒരു പൊട്ടത്തി എന്തായാലും എന്റെ കൂടെ വന്നില്ല ഇവള് അങ്ങനെ ഇരുപത് ലക്ഷവും കാറും പത്ത് ലക്ഷത്തിന് വീട് പേടിച്ചു കാർ ഇവൾ ഡ്രൈവിംഗ് പഠിച്ചു അങ്ങനെ അടിപൊളിയിട്ട് ജീവിക്കുക യാചനാ ജീവിതമൊക്കെ മാറ്റി ഇവൾ വല്ല വർക്കൊക്കെ കൊട്ടുകൊടുക്കാതൊക്കെ ചെയ്യണമെന്നാണ് പക്ഷെ ഒരേ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ ഈ മനുഷ്യനെയും കൊണ്ട് റോട്ടിൽ കൂടെ പോകാൻ പറ്റില്ല കാറിലിരുത്തി ഇവളെ ഡ്രൈവൊക്കെ ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് നാലാളുകളെ കണ്ടാൽ ഇവൻ ഗ്ലാസ് താഴ്ത്തി സാറ് കാരണം ശീലം അവൻ പഠിച്ചെടുത്ത് ഉറപ്പിച്ചിരിക്കുകയാണ് ഇനി ലോട്ടറി അടിച്ച് കോടീശ്വരനായാലും അവൻ ആ സ്വഭാവം മാറില്ലേ പണ്ടുള്ള പറഞ്ഞില്ലേ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം കാരാസ്കരത്തിൻ ഗുരുപാലിലിട്ടാൽ ഇതൊക്കെ നല്ലവണ്ണം ബൈഹാർട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾ അതുകൊണ്ട് ഓർത്തുവയ്ക്കൂ നമ്മള് ഒരു സ്വഭാവത്തിൽ നിന്നും മറ്റൊരു സ്വഭാവത്തിലേക്ക് വരുന്നത് വരെ ഇത് നല്ലവണ്ണം ശ്രദ്ധിക്കണം ഭഗവാൻ പറയുന്നു എന്താ പറഞ്ഞത് അനന്യ ചേത ഏത് തരത്തിലുള്ള ചേതസ്സാ വേണ്ടത് ചേതസ് നമ്മുടെ ഓർമ്മയിലൊരിക്കലും ഭഗവാൻ നമ്മളിൽ നിന്നും അന്യനാണ് നമുക്ക് തോതരുത് പറയാണ് ം സ്മരതി നിത്യശ എന്നെ ആരാണോ ദിവസോ നിത്യോ സ്മരിക്കുന്നത് തസ്യ അഹം സുലഭ പാർട്ട ഞാൻ അവർക്ക് ആർക്കാണ് ഭഗവാൻ സുലഭം ക്ലിയറല്ലേ ഈ വാക്കുകളൊക്കെ ആർക്കാണ് സുലഭം എന്നെ നിത്യവും അനന്യമായി സ്മരിക്കുന്നവർക്കാണ് ഞാൻ സുലഭമായിട്ടുള്ളത് അന്യഥാബോധത്തോടെ സ്മരിക്കുന്നവർക്ക് സുലഭം എന്ന് പറഞ്ഞിട്ടില്ല ഉണ്ടോ ആർക്കാണ് അനന്യബോധത്തോടെ എന്നെ സ്മരിക്കുന്നവർക്ക് ഞാൻ സുലഭമാണ് നിത്യയുക്ത യോഗിനെങ്ങനെയാണ് സാധിച്ചത് നിത്യയുക്തം നിരന്തരമായ യോഗി പ്രാക്ടീസുകൊണ്ടാണ് അവനെ നേടിയെടുക്കാൻ സാധിച്ചത് അതുകൊണ്ട് അർജുന ആബ്രഹ്മഭുവനാലോക പുനരാവർത്തിനോർജുന മാമു വേത്യതുഗൌന്തേയാനർജന്മന വിദ്യദേ ഈ ശ്ലോകവും നോട്ട് ചെയ്ത് വയ്ക്കണം ആ ബ്രഹ്മഭുവനാദ്ലോകാത് ആ ബ്രഹ്മഭുവനാലോകാത് ബ്രഹ്മാദി പര്യന്തം അതായത് ഒരു പുൽക്കൊടി മുഴൽ ബ്രഹ്മാവ് വരെയുള്ള ലോകങ്ങളൊക്കെ ജീവിതങ്ങളൊക്കെ പുനരാവർത്തിനോ വീണ്ടും വീണ്ടും പുനരവിജനനം പുനരഭി വരണം എന്നാൽ മാം ഉപേത്യ എന്നെ ഉപേത്യ പ്രാപിച്ചവർക്ക് പുനർജന്മെന്ന വിദ്യതേ എന്തില്ല അപ്പൊ നിങ്ങൾക്ക് പുനർജന്മം വേണ്ട എന്നുണ്ടെങ്കിൽ എന്തെന്നെ വേണം എന്ത് വേണം ഭഗവാനെ പ്രാപിക്കാനാണ് ഏത് ഭഗവാനെ അനന്യ ഏത് ഭഗവാനെ ക്ഷരം പരമം ബ്രഹ്മ ആരെ അതൊന്നും മറക്കരുത് അക്ഷരമായിരിക്കുന്ന ഭഗവാനെ തന്നെ നമ്മൾ പ്രാപിച്ചിരിക്കണം എന്നാലേ ഈ മനസ്സിന് ഇനിയുള്ള പുനർജന്മങ്ങളിൽ നിന്നും മുക്തി കിട്ടുള്ളൂ അല്ലെങ്കിൽ ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞതുപോലെ പുനരഭിജനനം പുനരഭിജനീ ജഡരെ ഇതല്ലേ രക്ഷപ്പെടാൻ വഴിയില്ല അപ്പൊ ഇതൊക്കെ നല്ലവണ്ണം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ ജീവിതം ധന്യമാക്കിയെടുക്കാം എന്ന് പറഞ്ഞ പിന്നീട് ഭഗവാൻ എങ്ങനെയൊക്കെയാണ് യാത്ര എന്ന് പറയുകയാണ് ചിലർ ഉത്തരായണത്തിൽ മരിക്കുന്നു ദക്ഷിണായണത്തിൽ മരിക്കുന്നു ഉത്തരായണം ദക്ഷിണായണം എന്നുള്ള വാക്കിനൊക്കെ അർത്ഥം സാധാരണ നമ്മൾ പറയാ ജനുവരി മാസം മുതൽ ഏത് മാസമാണ് പകരം മുതൽ തുടങ്ങുന്ന മാസങ്ങൾ ഉത്തരായണവും അത് കഴിഞ്ഞാൽ ഇതുവരെ അടുത്ത ആറ് മാസം ഉത്തരായണത്തിൽ മരിച്ചവരൊക്കെ ഹൂപ്പർ അങ്ങോട്ട് പോകുന്നതാണ് ദക്ഷിണായത്തിൽ മരിക്കുന്നവരൊക്കെ അപ്പൊ ഈ ഉത്തരായണത്തിൽ ആത്മഹത്യ ചെയ്താലോ ആക്സിഡന്റിൽ മരിച്ചാലോ ഉത്തരായണത്തിലൊരാളെ ആക്സിഡന്റിൽ മരിച്ചാൽ ഉത്തരായണെന്നുള്ളതിനൊന്ന് അങ്ങനെ അർത്ഥെടുക്കരുതേ ജനുവരി മാസം ഫെബ്രുവരി മാസം തൊന്നും അർത്ഥെടുക്കരുത് നിങ്ങൾ ഉത്തരായണം എന്ന് പറഞ്ഞാൽ ഏതൊരു മനസ്സാണോ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ആ പ്രക്രിയയിൽ ഉത്തരം ഏറ്റവും ഉന്നതമായത് അതും സ്മരിച്ചുകൊണ്ട് പോകുന്നത് അവർ പ്രകാശത്തിന്റെ വഴിയിലൂടെ പോവും ലൗകികമായ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് മരിക്കുന്നവര് ദക്ഷിണായനം ഇരുട്ടിന്റെ വഴിയിലൂടെ പോവും എന്ന് വെച്ചാൽ ഇരുട്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം അന്ധകാരം എന്നുള്ള അർത്ഥം കൊണ്ടല്ല ഇവിടെ പറയുന്നത് ഇരുട്ടെന്ന് പറഞ്ഞാൽ വീണ്ടും കാലചക്രത്തിന്റെ ഈ പ്രവാഹം അതിൽ കടന്ന് അജ്ഞതയുടെ ലോകത്തിൽ കടന്ന് കറങ്ങേണ്ടി വരും ഒന്ന് ജ്ഞാനത്തിന്റെ ലോകവും ജ്ഞാനം ഉന്നതമാണ് അജ്ഞാനം താഴെയാണ് ഇപ്രകാരം പ്രകൃതി ഭഗവാൻ പ്രകാശത്തെയും അതുപോലെ തന്നെ പറയുന്നു പ്രകാശത്തെയും ഇരുട്ടിനെക്കുറിച്ചും പറയുന്നു ഇങ്ങനെ അഗ്നി ജ്യോതി ശുക്ല ഷൺമാസ ഉത്തരായണം തത്തപ്രയാതാകച്ചന്തി ബ്രഹ്മ ബ്രഹ്മവിദോചന ധൂമോരാക്തിസ്ഥതാ കൃഷ്ണ ഷൺമാസ ദക്ഷിണായനം തത്ര ചാന്ദ്രമസം ജ്യോതി യോഗി പ്രാപ്തി നിവർത്തതേ ചന്ദ്രമാസത്തിൽ പോകുന്നവരൊക്കെ വീണ്ടും വീണ്ടും വീണ്ടും തിരിച്ചു വരണം ഉത്തരായണത്തിലേക്ക് പോകുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തോടുകൂടി പോകുന്നവരൊക്കെ അവർ തിരിച്ചു വന്നാലും അവർക്ക് ഈ കാലചക്രം അവരെ ബാധിക്കില്ല ആ അറിവോടുകൂടിയിട്ട് നമുക്ക് ജനിക്കാൻ സാധിക്കുന്ന കുട്ടിക്കാലത്ത് തന്നെ നമുക്ക് ബുദ്ധി തെളിഞ്ഞു വരും ആരെക്കുറിച്ച് ഭഗവാനെക്കുറിച്ച് അങ്ങനെ ഒരു ഉന്നതമായൊരു ജീവിതം നയിക്കാൻ അവർക്ക് സാധിക്കും എന്ന് ഭഗവാൻ അവിടെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് തസ്മാൽ സർവേഷു കാലേഷു മാ മനുസ്മര എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ ഈ കാര്യം ഓർമ്മ ഉപസംഹരിപ്പിക്കുന്നത് അപ്പൊ ഇവിടെയൊക്കെ ഒരു കാര്യം നമുക്ക് ഓർമ്മ വേണ്ടത് നമ്മുടെ സ്മരണയിൽ ഭഗവത് വിചാരങ്ങൾ വന്നാലേ നമുക്കിവിടെ എത്തിച്ചേരാൻ പറ്റുള്ളൂ അനന്യമായൊരു ഭക്തി അറിവോടുകൂടിയിട്ട് നമ്മൾ അഭ്യസിച്ചു ഉറപ്പിക്കണം ഇപ്പോ നമ്മുടെ ഉള്ളിൽ ഭക്തി ഉണ്ടെങ്കിലും അത് അനന്യബോധത്തോടുകൂടിയുള്ള ഭക്തിയല്ല അത് അന്യബോധത്വം അതിൽ ജ്ഞാനത്തിനൊരു കുറവുണ്ട് മനസ്സിലായില്ലേ അതുകൊണ്ട് മനസ്സിന്റെ ഒഴുക്കുണ്ടല്ലോ ഒരു പ്രത്യേക വിഗ്രഹത്തിലേക്കോ അല്ലെങ്കിൽ രൂപത്തിലേക്കോ ആണ് അത് ജ്ഞാനത്തോടുകൂടിയാകുമ്പോൾ നമ്മളെ നിലനിർത്തുന്നത് തന്നെയാണ് ഈശ്വരനായിരിക്കുന്ന അക്ഷരം പരമം ബ്രഹ്മ ഈ ബോധം നമുക്ക് വരുന്നത് അപ്പൊ ആ ഭക്തിയുടെ പേരാണ് അനന്യഭക്തി ആ ഭക്തി കൊണ്ട് മാത്രമേ എപ്പോഴും നമുക്ക് സുലഭമായി ആരെ കിട്ടുകയുള്ളൂ ഭഗവാൻ ഇത് നമ്മളെ വികസിപ്പിച്ചെടുക്കണം എന്ന് ഭഗവാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ നമ്മള് വലുതെന്ന് തോന്നുന്ന നമ്മള് നിസാരമെന്ന് തോന്നിയ ജീവ ആ ചൈതന്യത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളായിരുന്നു നിസാരക്കാര് ആ ശക്തിയായിരുന്നു സർവോൽകൃഷ്ടമായതെന്ന് ഇന്ന് നമുക്ക് തോന്നുന്നത് നമ്മൾ നിലനിൽക്കുന്നത് കൊണ്ട് ജീവൻ നിലനിൽക്കുന്നു എന്നാണ് എന്നാൽ നമ്മളിത് മനസ്സിലാക്കുമ്പം കൂടുതൽ ആടുത്തിൽ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അറിയുന്നത് ആ ശക്തി നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത് ഞാൻ അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു സാധനം മാത്രമാണ് ഒരു വെള്ളത്തിൽ ഒഴുകുന്ന ഐസ് ഐസിന് തോന്നുകയാണ് ഞാൻ കാരണമാണ് വെള്ളം നിൽക്കുന്നതെന്ന് എന്ന് തോന്നിക്കഴിഞ്ഞാൽ എത്ര വിഡീത്തമാണ് എന്നാൽ ആഴത്തിലേക്ക് ഇറങ്ങി ചിന്തിക്കുമ്പോഴാണ് ആ ഐസ്കട്ടയ്ക്ക് മനസ്സിലാവുന്നത് ആ വെള്ളം കാരണമാണ് ഞാൻ ഒഴുകി നിൽക്കുന്നത് ഈ ഒരു തിരിച്ചറിവുണ്ടല്ലോ ഞാൻ സർവോത്കൃഷ്ണൻ എന്ന് തോന്നിയത് ഭഗവാനെ ഞാൻ ഒന്നുമല്ല എല്ലാം അങ്ങാണെന്നുള്ള ആ ഒരു ബോധമുണ്ടല്ലോ അത് നമ്മളെ കൂടുതൽ ആരിലേക്ക് അടുപ്പിക്കും ഇത് നമുക്കൊക്കെ വേണ്ടതെന്ന് അധ്യായത്തിൽ ഭഗവാൻ ജ്ഞാനനിഷ്ഠ ഉറപ്പിക്കാൻ നമ്മളോട് പറയുകയാണ് എട്ടാം അധ്യയത്തിന് ഇപ്രകാരം ഈ ഭാഗം പറഞ്ഞു അപ്പൊ